യറിലൂടെ സൂര്യകിരണം വരുമ്പോ അത് ഇവിടെ സൂര്യകിരണത്തില് പ്രകൃതിയിലുള്ള അകലതിനെ നശിപ്പിക്കാനുള്ള അൾട്രാവയലറ്റ് രശ്മികളുണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്യുന്ന ലെയറാണ് ഓസോണിക് ലെയർ അതിന്റെ ഉള്ളിലൂടെയാണ് സൂര്യകിരണം വരുന്നത് എന്നാൽ ഇന്ന് പ്രകൃതിയിൽ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ താളം തെറ്റിച്ചപ്പോ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ അമിതമായി ഉപയോഗിച്ചപ്പോ ഓസോണിക് ലെയർ കുറഞ്ഞു പറഞ്ഞു വരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാരെ പേടിപ്പിച്ച് പേടിക്കയോടുകൂടി കാണുന്നത് അത് മനസ്സിലാക്കിയവരായിരുന്നു പൂർവികന്മാർ അതുകൊണ്ടായിരുന്നു ഓരോ ഹിന്ദു ഭവനത്തിലും മുന്നിൽ തുളസിത്തറ വെച്ച് തുളസി തൈവെച്ചത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഒരു എവിടെയായാലും ഫ്ളാറ്റിലായാലും നമുക്ക് വെക്കാനോ തുളസി വെക്കാനോ അല്ലേ നമ്മൾ വെച്ചിരിക്കണം എന്ന് പറയുന്നത് കാരണം ഈ പ്രകൃതിയിൽ നിന്ന് പലതും അനുഭവിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയെ പൂജിക്കേണ്ടത് എന്റെ ധർമ്മമാണ് എന്റെ കടമയാണ് അത് എന്റെ ഡ്യൂട്ടിയാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് വല്ലതും എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് കൊടുത്തിരിക്കണം ഈ ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിലുണ്ടല്ലോ ലോകം എവിടെ എത്തുമായിരുന്നു മനുഷ്യൻ സ്വാർത്ഥനായി സ്വാർത്ഥനായി സർവം നശിപ്പിച്ചിട്ടാണ് ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ ആരെ താളം തെറ്റിച്ചു നമ്മൾ ആ ക്ഷേത്ര സംസ്കാരം വഴിതെറ്റിച്ചു കളഞ്ഞു ഇതൊക്കെയായിരുന്നു ക്ഷേത്രത്തിൽ പഠിപ്പിക്കേണ്ടത് മൂന്നാമത്തെ പൂജയാണ് ഭഗവാൻ കാണിച്ചു തരുന്ന ദീനസേവ എന്ന് പറയുന്നത് സമൂഹത്തിലെപ്പോഴും ദീനന്മാരുണ്ടാവും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തവരുണ്ടാവും സ്വന്തം ഉൽപ്പാദനം ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെയുള്ളവരെയാണ് കുബ്ജകൾ എന്ന് പറയുന്നവർ നമുക്ക് കാണാം ശരീരം അംഗവൈകല്യമുള്ളൊരു കുബ്ജയെ കൃഷ്ണൻ സുന്ദരിയാക്കി മാറ്റുന്നത് നമുക്കെല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവരെയും സുന്ദരിമാനാക്കാൻ പറ്റില്ല പക്ഷെ നമുക്കൊന്ന് ചെയ്യാം എന്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനം അവർക്ക് ചെയ്യാം ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് മാനവസേവ മാധവസേവ അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ അന്നദാനങ്ങൾ വസ്ത്രദാനങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴല്ലോ നാം സമൂഹത്തിന്റെ മനസ്സിനെ സംരക്ഷിക്കുകയാണ് ഇതാണ് ദീനസേവ നമ്മുടെ സമ്പത്തിന്റെ ഒരു അംശം എപ്പോഴും ആർക്ക് ചെലവഴിക്കണം ീനന്മാർക്കായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ലോകം പലപ്പോഴും ഉണ്ടല്ലോ റിലീജിയസ് കോൺഫ്ലിക്റ്റുകൾ വരാൻ കാരണം പ്രധാനമായിട്ട് നമുക്ക് കാണാം കൺവേർഷൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ വരാൻ കാരണം ഹിന്ദുക്കൾ അവരുടെ ധർമ്മം മാറുന്നതുകൊണ്ടാണ് പലപ്പോഴും പല തലത്തിലും നിങ്ങൾക്ക് കാണാം പലരും അവരുടെ ജീവിതം മാറ്റിയത് അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ നഷ്ടപ്പെടുത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കൂ ഒരു കുബ്ജിയെപ്പോലും അവളിൽ നിന്ന് പൊട്ടുപോലും വാങ്ങിച്ചവളെ അവളെ ഒരു വേണ്ടാത്തവളായി കണക്കാക്കിയില്ല സമൂഹത്തിന് വേണ്ടാത്തവളായി കണക്കാക്കിയില്ല സുന്ദരിയൊക്കെ മാറ്റി പറയുക ഇതിനെപ്പറയും ധീരസേവ ഭഗവാൻ കാണിച്ചുവരാണ് നമുക്കൊന്ന് മൂന്നാമത്തത് നാലാമത്തതാണ് സമൂഹത്തിൽ മാതൃസേവ എന്ന് പറയും ഭഗവാൻ പതിനാറായിരത്തെട്ട് പത്നിമാരെ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ അതൊരു വലിയ സേവയാണ് സമൂഹം ഉപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുന്നത് അതൊരു പൂജയാണ് ഭഗവാന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവരെ കല്യാണം കഴിച്ചത് ആണോ അവര് സമൂഹം അവരെ മിസ്യൂസ് ചെയ്യരുത് അവരെ സമൂഹം കേടുപെടുത്തരുത് അവരോടുള്ള സ്നേഹം കൊണ്ടും അവരോടുള്ള ആദരവും കൊണ്ടാണ് ഭഗവാൻ അവരെ വിവാഹം കഴിച്ചത് പലരും തെറ്റിദ്ധരിച്ചിരിക്കണം ഭഗവാൻ കാമാർത്ഥനായി കല്യാണം കഴിച്ചിരിക്കേണ്ടത് അല്ല ടു പ്രൊട്ടക്ട് ദോസ് ലേഡീസ് ഈ വരെയായിട്ട് അങ്ങനത്തെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ധർമ്മമാണ് ഇത് മാതൃസേവ മാതൃസേവ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കുറയും കൂടിയും വലിയൊരർത്ഥത്തിലെടുക്കണം എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടാത്തവരെ നമ്മൾ ആരും ഇവിടെ വേണ്ടാത്തവരായില്ല എല്ലാവരും വേണ്ടവരാണ് ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രായം കൂടുന്തോറും ആർക്കും വേണ്ടാത്തവരായി തീരുകയാണ് ഇതൊരു പൂജയാണ് വേണ്ടാത്തവരെ നമ്മൾ സംരക്ഷിക്കുന്നതൊരു പൂജയാണ് ഇതൊക്കെ നോക്കും ആളുകളുണ്ടല്ലോ സ്വന്തം വീട്ടിലുള്ള മുതിർന്നവരെ നോക്കില്ല ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടിരുന്നിട്ട് അർച്ചന ചെയ്യും എന്റെ സംബന്ധിച്ചത് വിഢിത്തമാണ് ഭ്രാന്താലയത്തിൽ പോകുക എന്നുള്ളത് ഞാൻ അതേ വിചാരിക്കുന്നു അത് ഒരു അതൊക്കെ മാറ്റിക്കളയണം നമുക്ക് നമ്മുടെ ഹിന്ദുക്കളാണെങ്കിൽ അതിനൊരു ശരിയായ പെർസ്പെക്ടീവിൽ നമ്മൾ കൊണ്ടുപോകണം കാരണം നമ്മൾ വഴിതെറ്റിക്കുക കുട്ടികളെയൊക്കെ വെറുതെ അമ്പലത്തിൽ കൊണ്ടുപോയി കുട്ടികളെ വഴിതെറ്റിക്കുകയാണ് ആദ്യം ഇത് പഠിപ്പിക്കൂ ഏത് ഗോസേവ ഭൂസേവ ദീരസേവ മാതൃസേവ അഞ്ചാമത്തതാണ് ബ്രാഹ്മണ സേവ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നവരാണ് ബ്രാഹ്മണൻ അതായിരുന്നു ബ്രാഹ്മണരുടെ ജോലി ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി ശാസ്ത്രങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ജോലി ആരുടെയെന്നോ ബ്രാഹ്മണരുടെയെന്നോ അതുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം ആർക്ക് വെച്ചത് ബ്രാഹ്മണർക്ക് വെച്ചത് ഇന്ന് നമ്മുടെ ബ്രാഹ്മണർ മാറിപ്പോയി വെറും പൂണൂലും മൂണുവായി മാറി സംസ്കാരം നശിപ്പിച്ചു വരും അവിടെ പറഞ്ഞത് കാര്യമില്ല ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരും വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യാനില്ലേ അറിയപ്പോയി നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ നോക്കൂ ഉപനയനം കഴിച്ചാലും ഗായത്രി ചുഴുക അങ്ങനെ സംസ്കാരം വഴിതി അങ്ങനെ നമ്മൾ ബ്രാഹ്മണൻ എന്നുള്ളത് വെറും പൂണൂലിൽ മാത്രമാക്കിക്കഴിഞ്ഞു ശാസ്ത്രത്തിൽ വളരെയധികം ആദരവോടെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ ബ്രാഹ്മണപ്രിയ വിഷ്ണു സാസനാമത്തിലൊരു മന്ത്രമല്ലേ ഏതാണത് ബ്രാഹ്മണോ ബ്രാഹ്മണപ്രിയ ഭഗവാൻ ഇത്രയും ബ്രാഹ്മണപ്രിയനാവാൻ കാരണം ബ്രഹ്മതത്വത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊടുത്ത് അവരെ ആ തത്വത്തിലേക്ക് ഉയർത്തുന്നവരാണ് ബ്രാഹ്മണ അതുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിച്ചാൽ സമൂഹത്തിൽ നല്ല സംസ്കാരം നിലനിൽക്കും ഇങ്ങനെ ഗോസേവ ഭൂസേവ ദീനസേവ മാതൃസേവ ബ്രാഹ്മണ ഇതിനെയാണ് പൂജ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പൂജിക്കേണ്ടത് അമ്പലത്തിൽ പൂജിക്കാനല്ല പോണ്ടത് അമ്പലത്തിൽ ഉപാസിക്കാൻ പോകണം ഈ പൂജകൾ ചെയ്തവൻ വേണം തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താൻ ഒരു രൂപത്തെ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു രൂപത്തെ ഉപാസിക്കേണ്ടത് രൂപം തത്വത്തിലേക്ക് ഉയരാനുള്ള ഒരു ഉപാസനാമൂർത്തി മാത്രമാണ് രൂപത്തെ നമ്മൾ സ്വീകരിക്കണം രൂപത്തെ നമ്മൾ വിടണം ആ രൂപത്തിലൂടെ എവിടെ എത്തണം രാമകൃഷ്ണ പരമാസരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ രൂപങ്ങൾ ഒരു കോണിയാണ് ഒരു ഏണിയാണ് ഏണി നമ്മൾ ഉപയോഗിക്കുന്നത് കോണി നമ്മൾ ഉപയോഗിക്കുന്നത് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നിങ്ങൾ മുകളിലെത്തിയാൽ പിന്നെന്ത് വേണ്ട ആ സേർ വേണ്ട സേർ കേസിന്റെ ആവശ്യമില്ല ഉണ്ടോ നിങ്ങൾ അവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അത്രയുള്ള ഓരോ വിഗ്രഹത്തിന്റെയും ആവശ്യം എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയാൽ നാം ഭഗവാൻ എന്തിനാണ് പശുക്കളെ സേവിച്ചത് എന്ന് മനസ്സിലാക്കും ഇന്ന് ഹിന്ദുമതം ഇതൊക്കെ ഉൾക്കൊള്ളേണ്ട സമയമായിരിക്കണോ കാരണം അത്രമാത്രം നമ്മൾ ശാസ്ത്രങ്ങളിൽ നിന്നും വിട്ടുപോയി ആളുകൾ കാണിക്കുന്നത് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കൾ കൊണ്ടുപോകുന്ന അമ്പലത്തിൽ അർച്ചന ചെയ്യും എന്നാലും പുതിർ പ്രായമുള്ളവരെയും നോക്കില്ല ഒരു ധീനരെയും നോക്കാതെ ഹിന്ദുമതം അതപ്പതിച്ചതുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രങ്ങൾ വലിയ പ്രയോജനം ചെയ്യാത്തത് ഇത്രയൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ആത്മഹത്യ നടക്കണോ എന്തുകൊണ്ട് കുടുംബകലഹങ്ങൾ നടക്കണോ ചിന്തിക്കും നിങ്ങൾ അല്ലേ നമ്മൾ കാണുന്നത് ചില ക്ഷേത്രങ്ങളിലുണ്ടല്ലോ പൂജാരിമാർക്ക് പോലും പരസ്പരം കണ്ടുകൂടാ കാരണം അയാൾ എനിക്കുണ്ടാക്കുന്നുണ്ട് ചില ക്ഷേത്രങ്ങൾ എനിക്ക് പറയാൻ എന്റെ നാവ് വരുന്നുണ്ട് ഞാൻ പിടിച്ചു കാരണം ചിലരെല്ലാം പബ്ലിക് ടി വി റെക്കോർഡ് ചെയ്യുന്നത് പ്രശ്നം അല്ല ഞാൻ പറയായിരുന്നു അതൊക്കെ ചില ക്ഷേത്രങ്ങൾ അത്രയും അധപ്പതിച്ച സംസ്കാരമുള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുണ്ട് എനിക്കറിയാം നമുക്ക് പബ്ലിക്കായി പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വീക്ക്നസ് ആണ് അവര് ആരാധനാമൂർത്തിയെക്കാളും കാണുന്നത് ഇതൊക്കെ വഴിതെറ്റിച്ചതിന് കാരണം യഥാർത്ഥമായി ഹിന്ദു സംസ്കാരം പോകേണ്ട രീതിയിലല്ല അത് പോയിരുന്നു ശാസ്ത്രങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ നമുക്ക് ആരും ഉണ്ടായില്ല നാം യാന്ത്രികമായി ക്ഷേത്രങ്ങളിൽ പോയും കുറെ പൂക്കളും അർച്ചനകളും ചെയ്ത് വഴിതേക്ക് പോയി അതുകൊണ്ടോ ഒരു വശത്ത് അമ്പലമുണ്ട് മറുവശത്ത് പ്രശ്നങ്ങളുമുണ്ട് പ്രശ്നങ്ങളൊന്നും മാറൊന്നുമില്ല ചിന്തിക്കുക എന്ത് കാര്യമുണ്ട് ശരിക്കൊരു ഉയരാൻ വേണ്ടി എന്നിട്ടോ കിം കിം ജാദോഹർഷവതിരേഖ സർവാംഗേഷ േ ംത്കൃതം ന്തവാമാലിംഗൻ ദൃഷ്ടനാ പ്രഭാവ പെട്ടെന്ന് എണീറ്റ് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് എന്തോ അത്ഭുതമുണ്ടായതുപോലെ തോന്നി ഹർഷാവർഷാതിരേക ജാതയ്ക്ക് ഇതെന്താണുണ്ടായത് എന്താ അത്ഭുതമാണ് ഉണ്ടായത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോണ്ട് മണ്ണിൽ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി കാരുണ്യത്തോടുകൂടി ഭഗവാനിരിക്കുന്നു എല്ലാവരും ഇത് ഭഗവാന്റെ കൃപാകടാക്ഷമാണെന്ന് കണ്ട് ജീവ സ്വീതാനന്ദ ജീവൻ ലഭി തിരിച്ചു കിട്ടിയ അവര് പരമാനന്ദത്തിൽ നിർവരുതനായിട്ട് പുരസ്വാത്വം ദൃഷ്ട ഹർഷഭാഷ്പം വെമഞ്ഞ് ഭഗവാനെ കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു ഭഗവാനാണെങ്കിലോ അവരെല്ലാം അവരിലെല്ലാം നോക്കിക്കൊണ്ട് അവരുടെ നേരെ മന്ദഹസിച്ചു എന്നിട്ടോ രോമാഞ്ചോയം സർവദോഹരശരീരേയസ് ആശ്ചര്യോയം ഷേളവേഗോ മുന്ദേ മോക്ഷകനായിരിക്കുന്ന കൃഷ്ണ ഭഗവാനെ വിളിച്ചുകൊണ്ടവർ പറയാണ് ഞങ്ങളുടെ ശരീരമാസകലം അയം രോമാഞ്ചം വരുന്നു ആനന്ദമൂർച്ച ആനന്ദപാനവശ്യം വരുന്നു ഷേളവേഗാശ്ചര്യ ഇത് വളരെ വലിയൊരാശ്ചര്യം തന്നെ ഞങ്ങൾ തളർന്നത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഞങ്ങളിതാ ഉയർത്തെഴുതിയിരിക്കുന്നു ഏതോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ആശ്ചര്യം സംഭവിച്ചിട്ടുണ്ട് അവരെല്ലാം കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാനാണ് ഈ കാര്യം ചെയ്തതൊന്നും അവരറിഞ്ഞില്ല എന്നിട്ടോ ഏവം ഭക്താൻ മുക്തജീവാനിത്തും വായുഗേകാദിവാസ പ്രാണൻ പോയി എന്ന് കരുതിയ ഗോപന്മാരെ കടാക്ഷം കൊണ്ട് വിഷജ്വാലയിൽ നിന്ന് മുക്തമാക്കി ഉയർത്തിയ ഹേ ഗുരുവായൂരപ്പ അവരുടെ ഉള്ളിലെ വിഷം ഒഴിവാക്കിക്കൊണ്ട് എടുത്തു കളഞ്ഞ് ഒഴിവാക്കിയ ഗുരുവായൂരപ്പ എന്റെ കാലിലും ഒരു വിഷമമുണ്ട് ഏതൊരു വിഷം പാദരോഗത്തിന്റെ വിഷവും അവിടുത്തെ കാരുണ്യാദിരേഖത്താൽ എടുത്തുകളഞ്ഞ് എന്നെയും ഉയർത്തേണമേ എന്ന് ഗുരുവായൂരപ്പനോട് പട്ടതിരിപ്പാട് ആവശ്യപ്പെടുകയാണ് അപ്പൊ നേരത്തെ ഗോപന്മാരനുഭവിച്ച വ്യഥ പോലെ ഞാനും ഇന്നൊരു വ്യധ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെയൊക്കെ എല്ലാ തരത്തിലും രോഗത്തിൽ നിന്ന് അവരുടെ രോഗമകറ്റി ജീവിപ്പിച്ച ഗുരുവായപ്പ എന്നെയും കാരുണ്യത്തോടുകൂടി രോഗത്തിൽ നിന്ന് മുക്തമാക്കിയാലും ഇനി ഭഗവാൻ ആ കാളീയരെ അവന്റെ വിഷത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി മർദ്ദനം ചെയ്യുന്ന ലീലയാണ് കാളിയ ലീല അൻപത്തി അഞ്ചാം ദശം ം ഫണിനം പ്രതിവാരിതും ഋതമാരി വിഷമാരുതചോഷിത പർണജയം അങ്ങനെ ഭക്തന്മാരെ വിഷപാതയിൽ നിന്നും കോപന്മാരെ ഉയർത്തിയ ശേഷം ഭഗവാൻ ഇനി ആ കാളിയന്റെ വിഷം ഉപമിപ്പിക്കേണ്ടതുണ്ട് എന്ന് കണ്ടിട്ട് വിഷമാനുദശോഷിത പർണജയം ആ വിഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരക നീപതരും ദ്രുതം മാരിക അവിടെ ഒരു കടമ്പ വൃക്ഷം ഉണ്ടായിരുന്നു മുകളിലേക്ക് ഭഗവാൻ തന്റെ ഉത്തരീയുമെടുത്ത് അരയിൽ വലിച്ചുകെട്ടി തന്റെ ഓടക്കുഴയിൽ അരയിൽ തിരികെ അതാ ഭഗവാൻ അവിടെ നിന്നും താഴോട്ട് ചാടുന്നു എന്നിട്ടോ അതിരുവതുല്യ മനോജ്ഞരുജ ആ ഭട്ടതിരിപ്പാടിന്റെ സാഹിത്യ ഭംഗി അങ്ങോട്ട് ഉയരുകയാണ് ആ വൃക്ഷത്തിലുള്ള തലിരുകൾ പോലെ പാദമുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് അതിന്റെ മുകളിൽ കയറി വാരിണിയിലേക്ക് ആ ജലത്തിലേക്ക് വൃക്കച്ചാട്ടം എന്നിട്ടോ യബാരമൃദോ ഗുരുബാരിബിജം പരിമജ്ജയതി സ്മതനുശതകം തടിണി ചടി സ്ഫുടകോഷവതി ത്രിലോകഭാരം താങ്ങുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് ബാലമെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടിയപ്പോ ഭുവനത്രയഭാരമൃതു ആ ഭാരം ഭഗവാൻ മനസ്സിൽ സങ്കൽപ്പിച്ചപ്പോ ഗുരുപാര വികം ബി വിജം ബിജല വെള്ളം അങ്ങോട്ട് ഇളകി മറഞ്ഞുകൊണ്ട് അവിടുന്ന് ധനുശതകം നൂറുകോലു വിൽപ്പാടകിലെ വെള്ളം ഉയർന്നു വന്നു എന്നാണ് എന്നിട്ടോ അതതിക്ഷുവിദിക്ഷുപരിക്ഷുവിത ഭ്രമിതോദര ഉദഗാതുദകുരാധിപതി വെള്ളം ഉയർന്നു വന്നതും ആരാണ് ഈ വെള്ളത്തെ ഇളക്കിയതെന്ന് അത്യന്തം കോപത്തോടുകൂടി ഉദഗാതുദാതുരകാധിപതി ഈ വെള്ളത്തിൽ കഴിഞ്ഞ കാളിയൻ എഴുത്തുയർത്തിഴുന്നേറ്റോട്ട് അതാ രുഷാന്തമന കോപത്തോടുകൂടി ആ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി എന്നിട്ടോ ഫണസംഗ സഹസ്രമര ജ്വലഗ്നി കണോ ഗ്രിഷാംബുതരം പുരത പണിതം സമനോഗയത ആയിരം പത്തികളുള്ള അവന്റെ ഓരോ വായിൽ നിന്നും അഗ്നിചുരിക്കുമാറ് പണശൃംഗസ്രമര അപ്രകാരമുള്ള അവന്റെ ആ ഓരോ വായിൽ നിന്നും വിഷം പുറത്തേക്ക് ചീറ്റിക്കൊണ്ട് വരുന്ന ആ രൂപം കണ്ട് ഭഗവാൻ എന്താണത്രേ വലിയൊരു ശൈലമിവ കറുത്ത ശൈലം തന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നി എന്നിട്ടോ ജലദക്ഷി ഭരിഹാഭുജ ം സാമാവേഷ്ടുടേ ഓരോ കണ്ണിലൂടെയും തീ വമിക്കുകയാണ് അങ്ങനെയുള്ള അവൻ ഘോരമായ വിഷത്തെ ശുദ്ധം പുറത്തു കൊണ്ടുവന്നിട്ട് ഭഗവാനെ പരിതശ ഭവന്ത ബലം ഭഗവാനെ ഇരുന്ന് ഇങ്ങനെ കൊത്താൻ തുടങ്ങി എന്നിട്ട് പോരാത്തതിന് സാമാവേഷ്ടുടേ ഒരു സ്പ്രിംഗ് പോലെ ഭഗവാനെ അവൻ ചുറ്റിക്കളഞ്ഞു എന്നിട്ടോ അഭിലോക്യഭവന്താകുലി തടഗാമിനി ബാലകതേനുഗണേപ്പ നിമിത്തശതം സമുദീ ചതായ മോദാം പശുപ ആയിരം ഫണങ്ങളുള്ള കാളിയൻ ആ ഗുരുവായൂരപ്പനെ കൃഷ്ണനെ ചുറ്റിയത് കണ്ട് പേടിച്ചുപോയി തടഗാമിനി ബാലുകതേനുഗണേ അവരവല്ലാതെ വേദനിച്ചു പോയി എന്തായി കാണുന്നത് വൃതാവനത്തിലാണെങ്കിലോ അനിമിത്തം ചില ദുർനിമിത്തങ്ങൾ കണ്ടപ്പോ അവരും യമുനാം പശുപ അവരെല്ലാം യമുനാനദി തണത്തിലേക്ക് ഓടിവന്നു അവിടെ വെച്ചിട്ടെല്ലാവരും അഖിലേഷു വിഭോ ഭവതീയ അവലോക്യ ജിഹാസുഷു ജീവരം ഭഗവാൻ ഒരു നോട്ടം നോക്കിയ സമയത്ത് എല്ലാവരും ഭഗവാനെ നോക്കിക്കൊണ്ട് ജീവ ജിഹാസുഷു ജീവപരം അവരെ ജീവൻ പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് കണ്ടതും ഫണിബന്തമാശു വിമുച്ച ഭഗവാന ഉടനെ തന്നെ ആ സർപ്പത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പിടുത്തം വിട്ടുകൊണ്ട് ഭഗവാനതാ അതിരുത പണിരാജപണ നൃത മൃദുപാതരുച കളിഞ്ചിത നൂപുരമഞ്ജു മീണ കരകങ്കണ സംഗണിതം ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ ആ ചുറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് പണിരാജാനിരു അവന്റെ മണത്തിലേക്ക് ചാടിക്കയറി എന്നിട്ടോ നനുപാതരു പാദം കൊണ്ട് ഓരോ പത്തിയിലും ചവിട്ടിക്കൊണ്ട് നൃത്തമാണാൻ ആ നൃത്തത്തെ പറയുന്നു കളചിഞ്ചിത നൂപൂരമഞ്ജുമീളൽ കരകങ്കണം ഭഗവാന്റെ കയ്യിലിരുന്ന വളകളും ഭഗവാന്റെ പാതസരും എല്ലാം കൂടി മണിയും അരഞ്ഞാണോ എല്ലാം കൂടി കിളിങ്ങിക്കൊണ്ട് അതിമനോഹരമായൊരു നൃത്തം ഭഗവാൻ കാളിയന്റെ മുകളിൽ വച്ച് ചെയ്യേണ്ടായി എന്നിട്ടോ ജഹൃഷൂ ഭഗവാൻ കാളിയന്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന സമയത്ത് പശുപാ തുഷു വേറെയും ഡാൻസ് നടന്നു എന്ന് പറയുന്നത് യമുനാനദിക്കറിയിൽ ഗോപന്മാരും ഡാൻസ് കളിക്കാൻ തുടങ്ങി അത് മാത്രമല്ല ആകാശത്തിൽ എല്ലാവരും ഫുൾ ഡാൻസ് കളിക്കുക എല്ലാവരുടെ നോക്കിയാലും ഡാൻസ് മാത്രം ഇങ്ങനെ കുസുമാരി എവിടെ നോക്കിയാലും സന്തോഷം എന്നിട്ടോ ഇപ്രകാരം പട്ടതിരിപ്പാട് പറയണോ അങ്ങ് ഒരു ഡാൻസും കൂടി കളിക്കണമെന്ന് അതെവിടെയാണ് ആ കാളിയന്റെ തലയിൽ കയറി നൃത്തമാടി അവന്റെ വിഷത്തെ ഒഴിവാക്കിയ ഏ ഭഗവാനെ എന്റെ മനസ്സിലും നൃത്തമാടിക്കൊണ്ട് എന്റെ ഉള്ളിലെ വാദരൂപമാകുന്ന വിഷത്തെ അകറ്റിത്തരേണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങൊരു നൃത്തം കൂടി ചെയ്യണമെന്ന് ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ് എവിടെ നൃത്തം ചെയ്യണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നൃത്തമാടിക്കൊണ്ട് നൃത്തമാടൂ കണ്ണ നടനമാടൂ കണ്ണ അങ്ങനെ ഭഗവാൻ ആടിക്കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളാകുന്ന കാളിയ സർപ്പം നമ്മുടെ ഉള്ളിൽ നിന്നും പോവാൻ ആ ഭഗവാൻ നൃത്തമാണട്ടെ ഇപ്രകാരം ഭഗവാൻ കാളിയന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് പത്തിയിൽ ചവിട്ടിക്കൊണ്ട് ആടിയ നൃത്തമാണ് കാളിയ മർദ്ദനം എന്ന് പറയുന്ന രീതിയിൽ എന്നിട്ട് ഭഗവാൻ ആ കാളിയനെ അനുഗ്രഹിക്കുകയാണ് അടുത്ത അമ്പത്തിയാറാം ദശകത്ത് രുചിരകംബിതകുണ്ടലമണ്ഡല ശുചിരമീച നരർത്തിവന്നകേ അമരതാടി സുന്ദരം ായതി ദൈവതയൗവതേ ആകാശത്തിൽ വിയതി ദൈവതയൗവതേ ആകാശത്തിൽ ദേവാംഗനകളൊക്കെ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന് ആ ഭഗവാനും ഇതാ അതേ സമയത്ത് ആ കാളീയന്റെ മുകളിലേറിക്കൊണ്ട് ഭഗവാനും നൃത്തം ചവിട്ടിക്കൊണ്ട് ആനന്ദത്തോടെ ഇങ്ങനെ നൃത്തത്തിൽ ഉല്ലസിച്ചു അപ്പോഴോ നമദിയേദ്യഹായ തന്നതമുന്നതം മനോഹരം എത് ഏത് ശിര നമതി ഏതേത് ശിരസ് നമിക്കുന്നുവോ അതിൽ നിന്ന് കാലെടുത്ത് തത് പരിവിഹായ അത് വിട്ടുകൊണ്ട് എത് എത് ഉന്നതം ഉന്നതം ഏതേത് പൊങ്ങി വരുന്നോ അതിന്റെ മുകളിൽ കാല് വെച്ചു ഇങ്ങനെ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് അതിനനുസരിച്ച് കൈകൊട്ടിക്കൊണ്ട് ഭഗവാൻ നൃത്തമാടിക്കൊണ്ട് അതിമനോഹരമായ കരതാള മനോഹരം അതിമനോഹരമായി നൃത്തമാടിയിരുന്നു എന്നിട്ടോ ത്വതവ ന വിഭുന വണാഗണി കളിദശോണിദശോണിതാദസീപദാവസീത സന്നത തദാത്തോ ഭഗവാൻ അമർത്തി അമർത്തി അമർത്തി അവന്റെ ഉള്ളിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്ന് ചോണിത ചോണിത പാദസി വെള്ളം മുഴുവൻ രക്തവർണമായി ആ സമയത്ത് അബലാത്തവ മാധോ അവന്റെ അബലകളായ അവന്റെ പത്നിമാര് ഭഗവാന്റെ പാദത്തിൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ തൊഴിയാണ് ഭഗവാനോട് പറയുന്നു ഐ പൂരേ വചിരായ ീജവന്തം അങ്ങനെ ആ മുനീശ്വരന്മാർ പാടി സ്തുതിച്ച ആ പാട്ടുകളൊക്കെ ഞങ്ങളും കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സും ഭഗവാനെ അങ്ങയിലേക്ക് വിലീന ഹൃദോഹിത വിലീനമായിട്ടുണ്ട് ഇന്നിതാ ഞങ്ങളുടെ ഭർത്താവിന്റെ തെറ്റ് കാരണം ഞങ്ങളിതാ ഞങ്ങളും കുറെ ഭഗവാനെ അനുഭവിച്ചു ഇന്ന് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെല്ലാം നുനൂരീശവന്തരിതം ഭഗവാന്റെ മുന്നിൽ തലതാഴ്ത്തി എന്നിട്ടോ ഫണിവതോകണ ഭക്തി വിലോകണൽപ്പിതമൂർത്തിരമാണമൽ ആദ്യം കാളിയെ ഭക്തിയുണ്ടായില്ല കാളിയ പത്നിമാരുടെ ഭക്തി കണ്ടപ്പോ കാളീന് മനസ്സിലായി മോളിലിരിക്കുന്ന ആൾ സാധാരണക്കാരനല്ല എന്ന് ഉടനെ തന്നെ കാളീയന്റെ പത്നിമാരുടെ ഭക്തി കണ്ട് കാളിയ കാളിയനും പണിപതിർഭവദാച്യുത ജീവിതം സമർപ്പിതമൂർത്തി തന്റെ ജീവിതം മുഴുവൻ ഭഗവാന് അർപ്പിച്ചതാണ് ഇങ്ങനെയാണ് ചിലർക്ക് ഭക്തി ഉണ്ടാവുന്നത് ഭാര്യയിലൂടെയായിരിക്കും ചിലർക്ക് ഭക്തി ഉണ്ടാവുന്നത് ഭർത്താവിലൂടെയായിരിക്കും ചിലർക്ക് ആദ്യമൊന്നും ഭഗവാനിലേക്ക് തിരിയാൻ തോന്നില്ല പിന്നെയാണ് ഓരോരുത്തരും ഭഗവാനിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു വരുന്നത് പറയുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചൊന്നും ഭക്തി ഉണ്ടാവില്ല മനസ്സിലാവുണ്ടല്ലോ കാളിയന്റെ പക്നിമാര് കാളി ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനീ ഇവനെ ശിക്ഷിച്ചത് വളരെ നന്നായിരുന്നു പറയുന്നുണ്ട് കാരണം ഞങ്ങളും വിചാരിക്കാണ്ട് രണ്ടെണ്ണം കിട്ടണമെന്ന് സ്വഭാവം അത്ര നല്ലല്ലേ അപ്പൊ കാളിയെ ഭക്തിമാർക്ക് പോലും നല്ലോണം അറിയാം ഇയാളുടെ സ്വഭാവം അപ്പം തങ്ങളുടെ ഭക്തിയൊന്നും ആർക്കില്ല ഭർത്താവിനില്ലാത്തതിന്റെ വിഷമം അവർക്കുണ്ടായിരുന്നു ഇപ്പോഴിതാ ഭാര്യ സമർപ്പിച്ചപ്പോ ഭർത്താവും സമർപ്പിച്ചു അങ്ങനെ മാറി എന്ന് പറയും എന്നിട്ടോ ഭഗവാൻ പറയണോ രമണകം വ്രജവാരികം ഫണി ഫണിപും കരോതി വിരോദിതമാനയുംപതിരകാതുരകൈസമം ഹേ കാളിയ പത്നിമാരോടുകൂടി രമണകം വ്രജ നീ രമണകത്തിലേക്ക് പോയിക്കോളൂ ഫണിരിപു വിരോധം നരോത് ഇനി നിന്നെ ഗരുടനൊരിക്കലും പിടിക്കുകയില്ല കാരണം നിന്റെ ശിരസിൽ എന്റെ പാദം കാണുമ്പോ അവനൊരിക്കലും നിന്നെ തുടുകയില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും പതി ഒരകൈ സമം നിരകാൽ കാളിയനും കൂട്ടരും രമണകം എന്ന് ദ്വീപിലേക്ക് പോയി എന്നിട്ടോ ഫണിവതൂരിഭൂഷിത സമഗതാസ്വജനേ ദിവസാവധൂ അങ്ങനെ ഭഗവാൻ അവിടുന്ന് വരുമ്പോ നാഗഭക്തിമാര് ഒരുപാട് ദത്ത മണിവ്രജ ജ്വലിതാരതുകൂലം ഭഗവാൻ ഒരുപാട് രത്നമാലകളും പവിഴമാലകളും അനവധി സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു നല്ല പട്ടുവസ്ത്രങ്ങളും കൊടുത്തിരുന്നു ഇതൊക്കെയായിട്ടാണ് ഭഗവാൻ സന്തോഷത്തോടെ കയറി വരുന്നത് യശോദമ്മ ഇതൊക്കെ കണ്ടപ്പോ തോന്നി ഇക്കണക്കിന് മകൻ ചാടി തെറ്റില്ല എന്ന് കാര്യത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഗോപന്മാർക്കും തോന്നി ഞങ്ങളും ഇതുപോലെ ഒന്ന് ചാടിയെ കിട്ടുമോ എന്നുള്ളത് അത്രയധികം രത്നമാലകളൊക്കെ ആയിട്ടാണ് ഭഗവാൻ വേണ്ടത് എന്നിട്ടോ നിശിപുനസ്തമസാവ്രജ മന്ദിരം സ്വപരിതത്രവച്ചരണാശ്രയേ ൃശാല സമയം സമന്ത അപ്പോഴേക്കും രാത്രി സമയം ഭഗവാൻ പറഞ്ഞു ഇന്ന് നമുക്ക് പോകണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ രാത്രി കഴിഞ്ഞുകൂടാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ കാളിന്റെ തീരത്ത് തന്നെ അന്ന് ഉറങ്ങാൻ നിശ്ചയിച്ചു എന്നിട്ടോ ആ സമയത്തത അവിടേക്ക് കടന്നു വരുന്നു കാട്ടുതീ പ്രഭുതിദത്ത പ്രഭുതിദാന ഉദയൻ പശുപാലകൻ ംയം മുഖം രാത്രി ഗോപന്മാരും ഗോപികമാരും എല്ലാവരും പാലയാ പാലയാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഭഗവാൻ എണീറ്റ് നോക്കുമ്പോ അഗ്നിയാണ് ഭഗവാൻ വായ വായിലൂടെ നാവിലൂടെ അഗ്നിയെ വലിച്ചെടുത്തു പട്ടതിരിപ്പാട് പറയുന്നു അത്ഭുതല്ല കാരണം ഈ അഗ്നി ഗലുതേ മുഖം അങ്ങയുടെ മുഖം തന്നെയല്ലേ അഗ്നി അഗ്നിയിലൂടെയാണല്ലോ ദേവന്മാര് സ്വീകരിക്കുക അതുകൊണ്ട് അങ്ങ് കുടിച്ചതിൽ വലിയ അത്ഭുതം കാണുന്നില്ല എന്ന് പറഞ്ഞ് പൊതുവെ അഗ്നിയുടെ നിറം മഞ്ഞ നിറാണല്ലോ ഭഗവാൻ ഉടുത്തിരിക്കുന്ന പട്ടുവസ്ത്രത്തിന്റെ നിറം പീതാംബരമാണ് അതുകൊണ്ടായിരിക്കൂ എന്താണ് അഗ്നി എപ്പോഴും മഞ്ഞ നിറത്തിലായിരിക്കുന്നത് എന്നിപ്രകാരം ഗോപന്മാരും എല്ലാവരും വാഴ്ത്തപ്പെട്ട് ഭഗവാനെ വാഴ്ത്തിയിട്ട് അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് ആ അഗ്നി കഴിച്ച് ഗോപന്മാരെ രക്ഷിച്ചത് ഇതുപോലെ എന്നെ വാദരോഗത്തിൽ നിന്ന് മാറ്റി എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ് ഇപ്രകാരം ഭഗവാൻ കാളീയ മർദ്ദനം എന്ന അതിനേശേഷം കാളീയനെ രമണകം എന്ന് പറയുന്ന ദ്വീപിലേക്ക് പറഞ്ഞ ലീലയും പിന്നീട് അഗ്നി പിപദം ചെയ്ത ലീലയും കഴിഞ്ഞു ഇനി പ്രലംബാസുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുകയാണ് രാമസകൻ സൂര്യാനാം സദ്ദേശം അങ്ങനെ എനിക്ക് ഒരിക്കൽ ഭഗവാൻ അവിഷ്ടപ്രദാനായകനായ ഭഗവാൻ ഒരു ദിവസം ബലരാമസ്വാമിയോട് ചേർന്ന് ഗോപന്മാരോട് ചേർന്ന് ോപന്മാർ പശുക്കളെയും കൊണ്ട് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് വനത്തിലേക്ക് യാത്രയായി എന്നിട്ട് സന്ദർശയൻ ബലായീരേ സഹപാലം ആ വൃന്ദാവനത്തിലെ സൗന്ദര്യമെല്ലാം വിമലാം ചൃന്ദാവനസ്ത്രീയും സന്ദർശൻ അത് കണ്ടുകൊണ്ടും രാമനെ കാണിച്ചു കൊടുത്തുകൊണ്ടും അങ്ങനെ അവർ കളിച്ചുകൊണ്ടും അങ്ങനെ ശ്രീരാമസ്വാ ബലരാമസ്വാമിയും അതുപോലെ തന്നെ ബലരാമസ്വാമി ശ്രീകൃഷ്ണ ഭഗവാനും ഭാണ്ഡീരകമെന്ന് പറയുന്ന വടവൃക്ഷത്തിന്റെ ചോട്ടിലെത്തിയെന്നാണ് എന്നിട്ടോ താവൽ താവതിലൂ ഗോപമൂർത്തിരയാളൂ ദയാലുവല്ലാത്ത ക്രൂരനായിരിക്കുന്ന ഒരു അസുരനായിരുന്നു പ്രളംബനാമൻ അവൻ ഗോപന്റെ വേഷവും ധരിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടി എന്നിട്ടോ ൻ യന സമം നിബദ്ധ സൗഹാർദ പടനികടേ പശു പടുപശുവൻ അവിചാരൻ അവൻ വന്നതെന്തിനാണെന്ന് അറിയാമെങ്കിലും അറിയാത്തവനെപ്പോലെ നിബദ്ധ സൗഹാർദ അവനോട് സൗഹാർദ്ദം കാണിച്ചുകൊണ്ട് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവനോട് കൂട്ടുപിടിച്ചുകൊണ്ട് ദ്വന്ദയുദ്ധം ആരംഭ അവര് ദന്ദ്വയുദ്ധം കളിക്കാൻ തുടങ്ങി എന്നിട്ടോ ൻ സംകം ദൈത്യം ഗോപന്മാരെ വിഭജ്യ രണ്ട് ഭാഗമാക്കി മാറ്റിയിട്ട് ബലഭദ്രകം ബവദകം ഒന്ന് ബലരാമസ്വാമിയുടെ പാർട്ടിയും ലീഡർ ബലരാമസ്വാമിയും രണ്ടാമത്തെ തന്റെ പാർട്ടിയും ഇപ്രകാരമാക്കിയിട്ട് ദൈത്യം തൊൽബലഗതം ആ ദൈത്യനെ ഭഗവാന്റെ തന്റെ സൈന്യത്തിൽ ഭഗവാൻ ചേർത്തൂ എന്നാണ് എന്നിട്ടോ കൽപ്പിതേ വഹനേ സമരേ പരയൂധകം സ്വതൈതതരം ശ്രീധാമാനമതോ ഭക്തദാ സദാപ്രദയൻ ആ കളിയില് നിയമം ഇതായിരുന്നു കൽപ്പിത വിജിരേതി വഹനേ സമരേ ജയിച്ചവരെ തോറ്റവര് ചുമക്കണം ഇതായിരുന്നു നിയമം ഇപ്രകാരം നിശ്ചയിച്ചതൊന്ത്യുദ്ധം കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ ശ്രീരാമാവിനോടുകൂടി കളിച്ച് ശ്രീരാമാവിനെ ശ്രീരാമാവിനാൽ തോറ്റു അങ്ങനെ തോറ്റുപോയ കൃഷ്ണൻ തന്റെ ഭക്തനായിരിക്കുന്ന ശ്രീതാമാവിനെ ചുമലിലേറ്റിയും എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് തന്റെ ഭക്തനെ എപ്പോഴും ഞാൻ ദാസനായി അവനെ ഞാൻ ചുമക്കും എന്ന് കാണിച്ചു കൊടുക്കുമാർ ദാസനായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന ശ്രീധാമാവിന്റെ ദാസനായി ഭഗവാൻ മാറിയുന്ന എന്നിട്ടോ ഹേ ബഹുഷു വിഭൂമൻ ീത്യാ പിന്നെ ദുദ്ധം ബലരാമസ്വാമിയും ഈ പ്രളംബൻ എന്ന് പറയുന്ന അസുരനും തന്നെയായിരുന്നു ആ അസുരൻ പ്രലംബാസുരനെ ഭഗവാൻ ബലരാമസ്വാമി തോൽപ്പിച്ചു അവ നിയമമനുസരിച്ച് അസുരൻ ബലരാമസ്വാമി തോളിലേറ്റിക്കൊണ്ടോടണം ഓം നടക്കണം അങ്ങനെ അവൻ എന്ത് ചെയ്തു ജഹാരദം ദൂരതോ അവൻ കുറെ ദൂരത്തേക്ക് കൊണ്ടുപോയി ൂരം ഗമയന്തം ദൈത്യസ്വരൂപമാകൂപാൽ ബലരാമസ്വാമിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള കളിയല്ലാണ് കാരണം അവൻ ഏരിയ വിട്ടിട്ട് ഓടുന്നത് കണ്ടപ്പോ മനസ്സിലായി ഇവൻ ഒറിജിനൽ ഗോപനല്ലാണ് ഭഗവാൻ ബലരാമസ്വാമി കൃഷ്ണനെ നോക്കി തട്ടിക്കോളാൻ പറഞ്ഞു ബലരാമസ്വാമി ശരീരത്തിന്റെ ഭാരം കൂട്ടി അവനോടാൻ പറ്റാതെ അവൻ ശരിയായിട്ടുള്ള അസുലന്റെ രൂപമെടുത്ത് യജ്രൂപാൽ അവൻ ശരിക്കുള്ള രൂപമെടുത്തുകൊണ്ട് ഭഗവാനെ ഭയപ്പെടുത്തി എന്ന് പറയുകയാണ് എന്നാൽ ഭഗവാനോ ഉച്ചതയാദൈത്യതനോന്മാലോക്യോരോരാമതഭയോഷ്ട്രചതുഷ്ടം സമതിപൃഷ്ടം ഭഗവാനെ ബലരാമസ്വാമി ഭയപ്പെടുത്തിയ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ഡോൺ വറി എന്ന് പറഞ്ഞു തീർത്തോളം പറഞ്ഞു അവിടുന്ന് ഉടനെ തന്നെ തന്റെ കൈകൊണ്ട് ആ ഞോങ്ങി തലയ്ക്കടിച്ചുകൊണ്ട് അവനെ അവിടെ വച്ച് ഭഗവാൻ ഹലരാമസ്വാമി കൊല്ലിയാണ് ഹത്വാ ദാനവീരം പ്രാപ്തം ബലമാലിംഗതോ യുവയോ ചിലത പുഷ്പവിഷ്ടിരമരണ ദാനവീരം ഹത്വ പ്രാപ്തം ഫലം ആ ദാനവനെ കൊന്നുകൊണ്ട് എത്തിയ തന്റെ ജേഷനെ പ്രേംന ആലിംഗത ജേഷനെ ആലിംഗനം ചെയ്തപ്പോ അമരകണി ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി അവർക്കത് ഈ പണിയുള്ളൂ ആകാശത്തിൽ ഇങ്ങനെ പൂക്കൾ കൊണ്ടു താഴെ ഇങ്ങനെ ഓരോ കളികൾ നടക്കുമ്പം പൂക്കളിങ്ങനെ ഇറന്നുകൊണ്ടിരിക്കുക ചിലർക്കെന്തെങ്കിലും ഒരു പണി വേണ്ടേ അവരുടെ പണി അതാണ് അപ്പം എവിടുന്നാ കോയമ്പത്തൂരിൽ നിന്നാണോ ബാംഗ്ലൂർന്നറിയില്ല പൂക്കൾ ഹോൾസെയിൽ ലൈനിൽ വാങ്ങിച്ചുകൊണ്ടുപോകും താഴെ നടക്കുന്നതിനനുസരിച്ച് പൂക്കൾ ഇങ്ങനെ എന്നിട്ടോ ആലംബോഭുവനാനാം പ്രാലംബം നിധനമേവാൻ കാലം വിഹായ സദ്യോ ലോലംരുജേ ഹരേ ഹരേ ക്ലേശാൻ ഭുവനത്തിന് ആലംബനം ഇവിടെ പ്രലംബനെ കൊന്നവനുമായ ഹേ ഗുരുവായൂരപ്പ വിളംബനം കൂടാതെ എന്റെ രോഗത്തെയും മാറ്റണമേ എന്ന് പറഞ്ഞ് ഭട്ടനിൽപ്പാട് ഉപസംഭരിപ്പിക്കുകയാണ് ലോലമ്പരൂപനാണ് അങ്ങ് വളരെ ആദരണീയനാണ് പ്രേമസ്വരൂപനാണ് എന്ന് പറയുകയാണ് എങ്ങനെ ഭഗവാൻ ഒരു ലീല ആടിയതാണ് പ്രളംബാസുരൻ ഇവൻ വന്നിരിക്കുന്നത് ഗോപന്റെ കൂടെയാണ് ഭഗവാന്റെ കൂടെ കളിക്കാൻ അവന് സാധിച്ചെങ്കിലും അവന്റെ ഉദ്ദേശ്യം ഭഗവാന്റെ കൂടെ ഇരിക്കലായിരുന്നില്ല ഭഗവാനെ കൊല്ലലായിരുന്നു അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പ്രളംബനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാളവിലംബനം ചെയ്യ വലിയ വാക്കുകൾ വർത്തമാനം പറഞ്ഞ് നീട്ടിവെക്കുന്നവരെയാണ് ബലരാമസ്വാമി ദൂരയ്ക്ക് കൊണ്ടുപോയി ഈ പ്രളംബന്മാരെല്ലാ കാര്യവും എന്ത് നാളെ നാളെ എന്ന് പറഞ്ഞ് ഒരു കാര്യവും ചെയ്യാത്തവരാണ് എന്നാൽ വലിയ വർത്തമാനവും പറയും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യുമെന്ന് എന്നാൽ വല്ലതും ചെയ്യോ ഒക്കെ റെഡി എന്ന മുതല് നാളെ മുതല് അങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞ് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാതെ അത് നീട്ടിവെക്കുന്നവരെയാണ് പ്രളംബന്മാരെ അങ്ങനെയുള്ളൊരു ശത്രു നമ്മുടെ ഉള്ളിലുണ്ട് അവനോട് കോംപ്രമൈസ് ഉണ്ടാവരുത് ശക്തിയിലൊന്നു കൊടുക്കണം എന്നാലേ നമ്മളിലെ ആലസ്യമാണ് ഈ പ്രളംബാസനം എന്ന് പറയുന്നത് അതിനെ കൊല്ലാത്തവർക്ക് ഒരിക്കലും ആത്മീയമോ ഭൗതികമോ ആയൊരു പുരോഗതി ഉണ്ടാവില്ല പലർക്കും ഉണ്ടല്ലോ നന്നാവണമെന്ന് മോഹമുണ്ട് പക്ഷെ അവർക്ക് എന്താ പറ്റില്ല ചോദിച്ചു നാളെ ഞങ്ങൾ തുടങ്ങണം ഇതൊക്കെ ഇനിയിപ്പോ കേട്ടാൽ ചിലർ തീരുമാനിക്കും നാളെ നേരത്തെ നീക്കണം നിങ്ങളുടെ തുടങ്ങണം നാരായണ സാന്ദ്രാനന്ദാവബോധം രണ്ടു ദിവസം കൊണ്ട് ബോധം അവബോധമായി മാറി കാര്യം കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ ആരംഭശൂരത്വം എന്ന് പറയും അത് നമ്മുടെ പുരോഗതിയെ തടസ്സം സൃഷ്ടിക്കുന്നതാണ് നമുക്ക് വേണ്ടത് ഒരു കൃത്യനിഷ്ഠയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ദിവസവും ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കണം അങ്ങനെ ആയിരുന്നു പണ്ടത്തെ ജീവിതം ഇന്നിപ്പെന്താ പറ്റിയെന്ന് വെച്ചാൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉത്സാഹം കാരണം നേരത്തെ ഓഫീസിൽ പോയില്ലെങ്കിൽ പുറത്താക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയി എല്ലാവരും പ്രളംബാസുരന്മാരും കുംഭകർണന്മാരുമായി മാറി പന്ത്രണ്ട് മണിക്ക് എണീറ്റ് രണ്ടു കുറ്റി പുട്ടു അടിച്ച് നാ കടർന്നു വീണ്ടും കാരണം ദഹിച്ചു കിട്ടണ്ടേ അത് എന്താ നോക്കൂ നിങ്ങള് നമ്മൾ കുട്ടികളുടെയൊക്കെ ജീവിതം നോക്കൂ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ ഇല്ലേ കുറെ പ്രളംബാസുരന്മാര് അപ്പൊ നമ്മളെ നമുക്ക് അത് മാറ്റിയെടുക്കണം നമ്മളൊരു ആരാവരുത് പ്രളംബാസുരനാണത് ദൃഢനിശ്ചയം വേണം നാം എവിടെ ആയാലും ഒരു കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം മനസ്സിലായില്ലേ അങ്ങനെയൊരു ജീവിതം നയിക്കാനായിരിക്കാം ഭഗവാൻ ഹ്യേഷ്ഠനെ കൊണ്ട് ആരെ വധിച്ചത് പ്രളംബാസുരൻ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ഉയരണമെന്ന് മോഹം വെച്ച് വലുതൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ നീട്ടിവെക്കുന്നവരെയാണ് വിളംബനം ചെയ്യുന്നവരെയാണ് പ്രളംബാസുരന്മാര് പശുക്കളും ഗോപന്മാരും കാട്ടുതീയിൽപ്പെട്ടപ്പോ ഭഗവാൻ അവരെ രക്ഷിക്കുന്നതും പിന്നീട് വേനൽക്കാലം വന്ന് വേനൽക്കാലത്തിൽ നിന്നും മഴക്കാലത്തിലേക്കും മഴക്കാലത്തിൽ നിന്ന് തണുപ്പുകാലത്തിലേക്കും പോകുന്ന ആ ഋതുക്കളുടെ വർണ്ണനവും ഈ അൻപത്തെട്ടാമത്തെ ദശകത്തിൽ കാണാം വായിക്കുന്നത് അമ്പത്തിയെട്ടാമത്തെ ദശകം തൊയ് വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദനസവിളംബേ ദേനവസ്വൈര തൃണകുതകനിവിഷ്ട ദൂരദൂരം ജലന്ധ്യ ിമതി ഗോപന്മാരൊത്ത് കാട്ടിലേക്ക് പോയി കീഡാസക്തനായി ചേർന്നപ്പോ ആ പ്രളംബനയൊക്കെ വധിച്ചതിനു ശേഷം വളരെയധികം സമയം വൈകിയെന്നാണ് പ്രളംബ പ്രമദന സവിളംബി തേനസൈതാര ഭഗവാൻ ഗോപന്മാരുമൊത്ത് പ്രളംബനയൊക്കെ ആ ലീലകളിൽ വ്യാപൃതനായപ്പോ ഇവിടെ ഒരുപാട് സമയം പശുക്കൾക്ക് കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു തൃണകുതുക പുല്ലിനോടുള്ള ആസക്തി കൊണ്ട് അവര് ദൂരദൂരം ചരന്തിയ കുറെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി ഏത് കാട്ടിലേക്കാ പോയത് ഐശികാക്യം ഐശികം എന്ന് പറയുന്ന ഒരു കാട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നിട്ടോ അനധികത നിദാക കൗര്യവൃന്ദാവനാന്താൽതമുപയാദ കാനനം ദേനവസ്ഥ തവവിരഹ വിഷണ്ണാം ഊഷ്മളഗ്രീഷ്മ പ്രസരവിസരതം സ്തംഭമാവോ അനതിനിധ നിധാത അങ്ങേറ്റത്തെ കൊട്ടും ചൂട് ചൂടുകാലാണ് ഏപ്രിൽ മെയ് മാസമായിരിക്കണം അത്ര അവർക്ക് തൊണ്ട വരണ്ടുകൊണ്ട് ഭഗവാനെയും കാണാതെ വന്നപ്പോ തവ വിരഹവിഷണ്ണ അങ്ങേയും കൂടെ കാണാതെ വന്നപ്പോ ഊഷ്മളഗ്രീഷ്മതാവാ അങ്ങേയറ്റത്തെ കടുത്ത വേരലിലെ ആ ശക്തി അവരെല്ലാം സ്തംഭമാവോ കൊടും കാട്ടിൽ നിന്നുപോയി വഴിയറിയുന്നില്ല ഭഗവാനെയും കാണുന്നില്ല വെള്ളവുമില്ല അങ്ങനെ പെട്ടുപോയി അപ്പോഴോ തതനുസഹസഹായി ദൂരമന്വേഷ്യ ശൗരേ ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാതകേതം പശുകുലമവിവീക്ഷ്യമാനീതുമാരൾ ത്വദോ അങ്ങനെ ഭഗവാൻ പശുക്കുട്ടികളെ കാണാതെ വന്നപ്പോ പശുക്കുട്ടികളെയും അന്വേഷിച്ച് ദൂരം അന്വേഷ്യ കൂട്ടുകാരൊത്ത് കുറെ കാട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് മുൻജാരണ്യ സഞ്ചാതകേതം പശുകുലം മുഞ്ചാരണ്യത്തിൽ ഭഗവാനെ കാണാൻ പറ്റാതെ അവിടെ കുടുങ്ങിപ്പോയ പശുക്കുട്ടികളെ ഭഗവാൻ കണ്ടു അവിവീക്ഷ്യ ക്ഷിപ്രമാനേതും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് കടന്നപ്പോഴേക്കും സർവതജമ്പതേ അതാ പെട്ടെന്ന് അവിടെ എന്തുണ്ടായി അവിടേക്ക് അതിഘോരമായി അഗ്നി സർവത അഗ്നി പെട്ടെന്ന് വ്യാപിച്ചു എല്ലാവരും ഭയവിഹ്വലരായിട്ട് പേടിച്ചു നിന്നുവെന്നാണ് എന്നിട്ടോ സകലഹരിദിപ്തേ ഘോരഭാംഗാരഭീമേ ശകിനി വിഗതമാ ഗർദ്ധദായി വാർത്ത അഹാഭുവനബന്ധോ പാഹി സർവേ ശരണമുപഗതാസ്വാം താവർത്തരമേഘം ആ അഗ്നിയുടെ ഉജ്ജ്വലമായ ശബ്ദം ഭാം ഭാം ഭാം എന്നുള്ള ശബ്ദത്തില് ഘോരഭീമാരഭീമേ ഘോരമായ ശബ്ദം മുഴക്കിക്കൊണ്ട് അഗ്നി ഇങ്ങനെ പടർന്നു പിടിച്ച സമയത്ത് എല്ലാവരും അർദ്ധദഗ്ധ പകുതി ബന്ധവരെ പോലെയായിട്ട് അവരെല്ലാവരും ബന്ധുവായിരിക്കുന്ന കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നെല്ലാം ഹൃദയമൊരുക്കിക്കൊണ്ട് അവർ വിളിച്ച സമയത്ത് ശരണമുപഗതാസ്തം അവരെ അനുഗ്രഹിക്കാനായിട്ട് അവര് അങ്ങേ ശരണം പ്രാപിച്ചപ്പോ അവരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ നിശ്ചയിച്ചു ഭഗവാൻ എന്ത് ചെയ്തു അലമലമതിബീ സോമീലദ്ധം ദൃശമിരിതമവാചിതാക്ഷുദേശൂസോ കുത്രമുഞ്ചാടവീസേ പ്രവൃത്തെ അന്തരദേശേ ഒരു മാജിക് കാരൻ ചെയ്യുന്നത് പോലെ ഒരു പെട്ടിയിലടച്ച ആള് നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടിയുടെ പുറത്ത് നിൽക്കുന്നത് ഭഗവാൻ എന്ത് ചെയ്തു അവരോട് പറഞ്ഞു അലം മലം അതിബീത്യ ഏ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട സർവതോ മീലം നിങ്ങളെല്ലാം കണ്ണടച്ചാ എന്ന് പറഞ്ഞു അവര് കണ്ണടച്ചതും മീലി ദേഷ്യേഷു ദേശു അവര് കണ്ണടച്ചതും പിന്നെ കാണുന്നത് പുത്രപഞ്ചാടവി ഈ കാടവിടെ പോയി തീ എവിടെ പോയി ഒന്നും കാണാനില്ല അവരെവിടെ എത്തിച്ചേർന്നു ബാണ്ഡീര ദേശേ പണ്ട് ഭഗവാൻ പ്രളംബനയെ വധിക്കുന്ന സമയത്ത് കളിച്ച സ്ഥലമുണ്ടല്ലോ അവിടെ എത്തിച്ചേർന്നു ഇവര് കാടും കാണുന്നില്ല കാട്ടിലുള്ള കാട്ടിന്തെയും കാണാത്ത വിധത്തിൽ ഭഗവാൻ അവരെല്ലാം അവിടെ നിന്നും മറ്റൊരു ദിക്കിലേക്ക് എത്തിച്ചു കളഞ്ഞു അപ്പോഴേക്കും അവർക്കെല്ലാം വളരെ അത്ഭുതമായി കാട്ടിനുള്ളിൽപ്പെട്ടിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു അവരെല്ലാവരും ആ ഭഗവാനെ നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കുകയാണ് ജയ ജേതവമായ ുഭാവേ അങ്ങനെ അവരെല്ലാവരും ജയ ജയ ഇവം ഇയം തവമായ ഭഗവാനെ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും ഇതവിടുത്തെ മായ ആശ്ചര്യം തന്നെ എനിക്ക് ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു എന്നെല്ലാം ആ ഗോപന്മാരെ സ്തുതിച്ചപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പുതിതഹാസ അവരെയൊക്കെ ഓരോരോ ലീലകൾ കാണിച്ചുകൊണ്ട് അവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും പിന്നെയും ആ വൃന്ദാവനത്തിൽ കളിച്ചു എന്ന് പറയാണ് അവിടുന്ന് അവര് വൃതാമനത്തിലേക്ക് അവരുടെ വീടുകളിലേക്ക് എനി വിമുഖമിവോച്ചൈ താപാരംഭഹന്തം തവപജനവന്ത അന്തപങ്കമുച്ചോഷയന്തം തവപുജ ഉദഞ്ചൽ ഭൂരിതേജപ്രവാഹം തവസമയമാനേമുഷു തൊയ് വിമുഖം ഇവ ഉച്ച ഭഗവാനോട് വിമുഖമാരായിട്ടുള്ള ആളുകൾക്ക് ദുഃഖങ്ങളുടെ ഭാരം കൂടുന്നത് പോലെയാണ് ഇത്രേ ആ വേനൽക്കാലത്തിന്റെ ചൂട് എന്ന് പറയാന് താങ്ങാൻ വയ്യാത്ത അത്രയും തീവ്രമായ ചൂട് പറയണോ തവ ഇവ ആരാണോ ഭഗവാനിൽ നിന്ന് വിമുഖന്മാരായിത്തീരുന്നത് അവർക്ക് ദുഃഖത്തിന്റെ ചൂട് താങ്ങാൻ പറ്റില്ല ഇതുപോലെ ആ കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ നല്ല കടുത്ത ചൂടുണ്ടല്ലോ ആ കാലഘട്ടങ്ങളിൽ ഭഗവാൻ യാവുനേഷു സ്ഥലേഷു യമുനാനദി കത്തീടത്തിൽ കളിച്ച് രസിച്ചു നടന്നാണ് ഇനി അത് കഴിഞ്ഞിട്ട് ആ വേനൽക്കാലം പോയി മഴക്കാലത്തേക്ക് കിടക്കാണ് തലദ ജലദുൽ വികസത വികസതമലവിദ്യുൽസോ വി സകലഭുവനഭാജം അർഷദാം വർഷവേലാം ചരിതരകുഹരേഷു ശ്രീരവാസീ വനൈശീ അങ്ങനെ വേനൽക്കാലം പോയതോടുകൂടി വികസതമലവിദ്യുൽ ആകാശത്തിൽ മിന്നലൊക്കെ വരാൻ തുടങ്ങി ഇടിയൊക്കെ മുഴങ്ങാൻ തുടങ്ങി ആ മഴയുടെ ആരംഭമായി ഭഗവാൻ ആ കാലഘട്ടത്തിൽ ക്ഷിരിതര കുരേഷരവാസ ആ വൃന്ദാവനത്തിന്റെ അടുത്തുള്ള ഗുഹകളിലും മറ്റും അവരെ കളിച്ചു നടന്നു ആ കാലഘട്ടത്തിൽ എന്നിട്ടോ ഗുഹകരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശികി കുലനവകേകാകേസ്കാരി സ്ഫുടാം സോമപുഷ്പാഞ്ജലിം ഗോവർദ്ധനോസോ അങ്ങനെ ആ ഭഗവാൻ ഗുഹയിൽ താമസിക്കുന്ന സമയത്ത് ഗോവർദ്ധന പർവ്വതം ഒരു വശത്ത് മറ്റും ശബ്ദത്താലൊക്കെ ഭംഗിയും അപ്രകാരമുള്ള വൃക്ഷങ്ങളും ചെടികളാലൊക്കെ നിറഞ്ഞിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഗോവർദ്ധന പർവ്വതം ഭഗവാനെ പ്രവിതൽ അനുഭവേ ഭഗവാനെ സേവിച്ചു പറയുകയാണ് എന്നിട്ടു അതശരദേദ വിമലസലൂരാം തൃണമലവനാന്തേസഞ്ചാരയൻ ഗാ പവനപുരപദേഹസൌഖ്യം അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ വൃന്ദാവനത്തിന്റെ ചൂടുകാലത്തും മഴക്കാലത്തും വൃന്ദാവനത്തിലെ യമുനാനദി തടത്തിലും അതുപോലെ തന്നെ ഗോവർദ്ധന തടത്തിലും ഗോവർദ്ധനഗിരിയുടെ ഗുഹകളിലും എല്ലാം കറങ്ങി നടക്കുന്ന ഏ ഗുരുവായൂരപ്പ മാനയൻ കാനനേഷു മാനയൻ അമലവനാന്തേ അപ്രകാരം കറങ്ങിക്കൊണ്ടും ചാരുതൃണങ്ക പശുക്കളെ മേച്ചുകൊണ്ടും നടക്കുന്ന ഗുരുവായൂരപ്പ എന്നെ എനിക്ക് ദേഹസൌഖ്യം തന്ന് അനുഗ്രഹിച്ചാലും എന്ന് പറയണം ഇവിടെ നമുക്ക് രണ്ട് ഋതുക്കളുടെ വർണ്ണന വേനൽക്കാലവും മഴക്കാലവും നമുക്കിവിടെ കാണാൻ സാധിക്കും അഗ്നിയിൽ നിന്ന് ഗോപന്മാരെ രക്ഷിക്കുന്ന കൃഷ്ണൻ നാം ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചാൽ നമ്മളെ രക്ഷിക്കേണ്ടുന്ന ചുമതല ഭഗവാന്റെയാണ് പലപ്പോഴും നമുക്ക് അറിയാത്തൊരു കാര്യം ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്ര അതിനർത്ഥം കഴിഞ്ഞുപോയതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചും ദുഃഖിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാതെ പ്രതീക്ഷിക്കുകയോ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓവറായി വറീചെയ്യാതെ അതെല്ലാം ഭഗവാന് വിട്ടുകൊടുത്തുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യുകയും നന്നാവണം എന്ന പ്രതീക്ഷയോടെ ചെയ്യുകയും അതിൽ നിന്ന് എന്തുവന്നാലും അതെല്ലാം ഭഗവത് പ്രസാദമായി സ്വീകരിക്കാൻ തയ്യാറാണെന്ന മനസ്സോടുകൂടിയിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് ജീവിതം എന്തായിത്തീരുന്നത് ഭഗവൽ പ്രസാദമായിത്തീരുന്നത് അപ്പോഴാണ് സമർപ്പണം വരുന്നത് സമർപ്പണമുള്ളൊരു വ്യക്തി കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ദുഃഖിക്കില്ല കാരണം അയാൾ കഴിഞ്ഞതെല്ലാം മറക്കുകയല്ല അയാൾ ഭഗവാന് സമർപ്പിച്ചു അതിനാണ് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് വിഹിതമ അവിഹിതം വ സർവമേധ ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ഞാൻ ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതെല്ലാം ഞാൻ അവിടുത്തെ പാദത്തിൽ ഫലം പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ ഉണ്ടോ ഇപ്പൊ നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബന്ധു തന്നെ ഇവിടെ വന്ന് പറയുകയാണ് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയോടെ താമസിച്ചോളാം നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വീടിനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ബന്ധുവാണെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ചിലപ്പോൾ ഉത്തരവാദിത്തം ഉണ്ടായിട്ട് വരില്ല വേറെ കുറച്ച് ജോലിക്കാരനാണെങ്കിൽ കുറച്ചുകൂടി അപ്പൊ നമ്മളൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വരി ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നമ്മൾ ദിവസവും വൈകുന്നേരം പറഞ്ഞുകൊള്ളാം ഉറങ്ങാൻ നേരത്ത് എന്ത് ഇതിനൊക്കെയാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലേണ്ടത് ആളുകൾ വെറുതെ ഇരുന്ന് ചൊല്ലത് വെറുതെ ചൊല്ലിയത് കാര്യമില്ല നമ്മൾ ചൊല്ലുന്നതോടുകൂടി ചെയ്ത പ്രവൃത്തികൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല കാരണം ഈ പ്രായം കൂടുന്തോറും നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഭൂതകാല സ്മരണകൾ കാരണം ഇന്നത്തെ തലമുറയുടെ ജീവിതമൊന്നും നമുക്ക് കണ്ട് പിടിക്കില്ല അതൊരു സ്വഭാവമൊക്കെ അപ്പൊ നമ്മൾ പറയും എന്റെ കാലഘട്ടത്തിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിരുന്നു എന്നറിയൂ പിന്നെ നമ്മുടെ ചരിത്രം മുഴുവൻ കൊണ്ടുവരും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ഹോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ തലവേദന വന്നാ പോലും അതൊരു തലവേദനയായിരുന്നില്ല അല്ലേ ഇന്നത്തെ വീട്ടില് ഒരു പെൺകുട്ടിയുടെ പ്രസവപ്രസം കണ്ടുകഴിഞ്ഞാൽ അമ്മ പറയും നീയൊക്കെ എന്ത് വേദന അറിഞ്ഞിരിക്കണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ വല്ലതുണ്ടായിരുന്നു അതൊക്കെ ഇന്നൊക്കെ പറയുമ്പോഴല്ലോ രണ്ട് ജനറേഷൻ പഴയ കാലവും പുതിയ കാലവും പഴയ കാലത്തെ ഒരിക്കലും നീ നിങ്ങൾക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യല്ല എല്ലാം മാറിക്കഴിഞ്ഞു അല്ലേ നമുക്ക് പഴയ കാലം പോലെ എല്ലാം ആക്കി തീർക്കാൻ പറ്റുമോ കാലത്തിനനുസരിച്ച് നമ്മൾ ഒഴുകിക്കൊള്ളണം അന്ന് അങ്ങനെ ഇന്ന് ഇങ്ങനെ അപ്പെന്ത് ചെയ്യണം കഴിഞ്ഞ കാല സ്മരണകളെ കഴിയുന്നതും നമ്മൾ കൊണ്ടുവന്ന് ജീവിതം നമ്മൾ നശിപ്പിക്കരുത് പ്രത്യേകിച്ച് നമുക്ക് വേദനകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞങ്ങനെ പണ്ടത്തെ കാലത്ത് അച്ഛൻ എത്ര സ്നേഹിച്ചു അമ്മ എത്ര സ്നേഹിച്ചു ഇന്നത്തെ കാലത്ത് സ്നേഹമുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം കാലം മാറി ഇപ്രകാരം നമ്മൾ ഭൂതകാലത്തെ ഭഗവാന് സമർപ്പിക്കാം സോറി ആ ഭൂതകാലത്തെ ഇനി വേണം ഭാവി കാലം ഭംഗിയായി ചെയ്ത് വരുന്നതെല്ലാം ഈശ്വരപ്രസാദമായി സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണത്രേ നമ്മൾ ശരിക്കും ആർക്ക് സമർപ്പണം ചെയ്യുന്നത് ഭഗവാന് അപ്പോൾ ഒരാൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയറിയാം അയാൾ ഭാവിയെക്കുറിച്ച് തീരെ വരിയിടാവില്ല എന്ത് വന്നാലും പ്രസാദായിട്ട് അയാൾ സ്വീകരിക്കും കഴിഞ്ഞു അയാൾക്ക് വലിയ ദുഃഖവും വിഷമമുണ്ട് കാരണം അതെല്ലാം ഭഗവാന് ഈ രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരാളാണത്രേ ഭഗവാനിൽ സമർപ്പിച്ച ഒരു ആത്മാവെന്ന് പറയുന്നു അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഒരു രൂപ ഇട്ടിട്ട് ഇതാ പിടിച്ച ഗുരുവായൂരപ്പാണ് ഞാനെല്ലാം ആരായണായി സമർപ്പിക്കുന്നത് ഇതൊരു പ്രഹസനമാണ് നമ്മുടെ ഹിന്ദുമതം ഏറെക്കുറെ കാട്ടിക്കൂട്ടിലായിരിക്കണം എന്നൊക്കെ നമ്മൾ മാറണം അത് പ്രാക്ടിക്കലി നമ്മൾ കൊണ്ടുവരണം മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ നമ്മളുമായിട്ട് മറ്റുള്ളവർ ഇടപഴകുന്ന സമയത്ത് ആ ഇടപഴകലിൽ മനസ്സിലാവണം നമ്മൾ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച ജീവിക്കുന്നവരാണ് അത്രയും നമുക്ക് ആ കോൺഫിഡൻസ് വരണം എന്റെ കൂടെ എപ്പോഴും ആരുണ്ട് അദ്ദേഹം കീസ് ടേക്കിംഗ് കെയർ ഐ ഷുഡ് ഐ വറി എന്ന് പറയാൻ നമുക്ക് പറ്റണം ഐ നോട്ട് വറീഡ് അബൌട്ട് എനിത്തിങ് ഐ ആൻ തിങ്കിംഗ് അബൌട്ട് ഓൺലി കറി എന്ന് പറയണം അടുത്ത കറി ഉണ്ടാക്കേണ്ട കാര്യം ചിന്തിക്കുക എന്നല്ലാതെ വെറുതെ കാര്യം ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ജന്മം സഫലമായി എന്നിട്ടോ അങ്ങനെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെ ചൂടും തണുപ്പും മഴയും പ്രകൃതിയുടെ സ്വഭാവമാണ് ദ്വന്ദ്വാനുഭവം എന്ന് പറയുന്നത് ജീവിതവും ഇങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളുടെ ചൂട് വരണം സുഖങ്ങളുടെ മഴ വരണം മഴ വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഇത് കാലപ്രവാഹമാണെന്ന് മനസ്സിലാക്കി കർമ്മപ്രവാഹമാണെന്ന് മനസ്സിലാക്കി ഇന്ന് മഴ വരുന്ന സമയത്ത് ചാടിക്കളിക്കേണ്ടതില്ല ഈ മഴയും ഒരു ദിവസം പോവും വീണ്ടും ആര് ഋതുക്കൾ വരും ഋതുക്കൾ മാറും അല്ലേ ആകമാ അപായനോ അനിത്യാഹ ഇന്ന് നമ്മളെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താ വച്ചാൽ സന്തോഷം വരുമ്പോൾ മതി മറക്കും രണ്ട് ഡാൻസും എല്ലാം കഴിഞ്ഞു അത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഇതാ കിടക്കണം ഹാർട്ട് അറ്റാക്കായിട്ട് ഇത്രയുള്ള കാര്യം ചെറിയൊരു പ്രശ്നം വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു സന്തോഷം വരുമ്പോഴേക്കും എടുത്ത് ചാടുകയും ചെയ്യാം എക്സൈറ്റ്മെന്റ് ഒരു എക്സൈറ്റ്മെന്റും ഒരു വശത്ത് ഡിപ്രഷനും ഇതാണിന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് എന്നാലൊരു ഭക്തനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള അനുഭവം വരുമ്പോഴും അപ്പോഴും പറഞ്ഞേക്കണം ഇതും ഭഗവാന്റെ നിശ്ചയം അനുഗ്രഹമാണ് പ്രസാദമാണ് അതേപോലെ മനുഷ്യ മനസ്സിനെ തളർത്തുന്ന കൊടും ദുരന്തം വരുമ്പോഴും പറഞ്ഞേക്കണം ഇതും ഭഗവാന്റെ നിശ്ചയമാണ് അനുഗ്രഹമാണ് അതും ഞാൻ സ്വീകരിക്കണം ഇതും സ്വീകരിക്കണം രണ്ടും വരുമ്പോഴും കൂടെ ആരുണ്ട് ഭഗവാനുണ്ട് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഈവൺ ദിസ് വിൽ പാസ് അവേ ആഫ്റ്റർ സം ടൈം കാലം മാറുമ്പോൾ ഋതുക്കൾ മാറുന്നത് പോലെ അനുഭവങ്ങളും മാറും ഞാൻ ഇതിനെക്കുറിച്ചിരുന്ന് ഡിപ്രഷനായിട്ടിരുന്നതുകൊണ്ടോ ഇരുന്ന് സന്തോഷിച്ചതുകൊണ്ടോ കാര്യമില്ല പലരും ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു ഒരു ദുരന്തത്തെ അവരെന്നും കൊണ്ടു നടക്കുന്നുണ്ടാണ് ചില ആളുകളെ കണ്ടുണ്ടാവും നിങ്ങൾ ഇപ്പം ഭർത്താവ് മരിച്ചു അതെന്നും അവർ കൊണ്ടു നടക്കും ഇരുപത് കൊല്ലായാലും കൊണ്ടുനടക്കും ഭർത്താവ് മരിച്ച ദുഃഖം ഭർത്താവ് മരിച്ച ദുഃഖം മനസ്സിലായില്ലേ എക്സ്ട്രീമാണത് അപ്പോ അവരെ സംബന്ധിച്ച് പിന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണം ഇതിലേക്കൊക്കെ ത്മീയതയിലേക്കൊക്കെ എന്നാലും അവർ വിടില്ല ആത്മീയതയിൽ വന്നാലും അവര് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നാലും എന്നോടീച്ചതി ചെയ്തില്ലേന്ന് ഭഗവാൻ എന്തോ കൊണ്ടുപോയതുപോലെയാണ് അങ്ങനെയൊക്കെയാണ് ആളുകൾ അവര് ആ സെന്റിമെന്റലിന് നമുക്ക് വേണ്ടത് സെന്റിമെന്റലല്ല കാരണം നിങ്ങൾ സെന്റടിച്ചാലും മെന്റലായാലും അങ്ങനെയാണ് അത്രയും തുടക്കം വരിക നമ്മള് ഒരു യൗവനത്തിലൊക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ യൗവനത്തില് സെന്റോ കടിക്കാൻ തുടങ്ങും പെർഫ്യൂം അത് കഴിഞ്ഞ് കല്യാണാവുമ്പോഴേക്കും കല്യാണ ജീവിതം തുടങ്ങുമ്പോഴേക്കും ഈ സെന്റ് എന്നൊരു ഉയർച്ച വരും അതിനെയാണ് സെന്റിമെന്റൽ എന്ന് പറയുക പിന്നെ ഭർത്താവിന്റെ അടുത്ത് കുറച്ച് സെന്റിമെന്റൽ ആവുന്നു ഭാര്യ എങ്ങോട്ടും ഭർത്താവ് അങ്ങോട്ടും അത് കഴിഞ്ഞ് ഭർത്താവ് ഭാര്യ ആ ബന്ധം കഴിഞ്ഞ് കുട്ടികളാവുന്നൊരു ബന്ധം വരും രണ്ട് കുട്ടികളാവുമ്പോഴേക്കും സെന്റിൽ നിന്ന് സെന്റിമെന്റലും സെന്റിമെന്റലിന് പൂർണ്ണമായും മെന്റലിലേക്കും വരും ഇടയ്ക്കിടയ്ക്ക് പറയും ബ്രാന്ത് പിടിക്കണോ ബ്രാന്ത് പിടിക്കണോന്ന് അവിടെ പിടിച്ചു പറഞ്ഞു ഇതാണ് മനുഷ്യന്റെ എവല്യൂഷന്റെ സ്റ്റേജ് പറയുന്നത് അവസാനം എത്തുന്നത് സെന്റിന് പോയിട്ട് ബന്ധലാണ് ഇങ്ങനെയൊക്കെ ആളുകൾ നശിക്കാൻ കാരണം എന്തുകൊണ്ടുവച്ചാൽ അവർ ആ ഇമോഷൻ വിടുന്നില്ല അവർക്ക് ഒരു ഇന്റലക്ച്വലായിട്ടുള്ള സമീപനമില്ല ഇതെല്ലാം വരണം ഇതെല്ലാം പോകണം ഇതൊക്കെയാണ് നമുക്ക് നാരായണിയൊക്കെ പഠിച്ചു കഴിഞ്ഞാലൊരു ഗുണം പട്ടതിരിപ്പാട് നോക്കൂ വാദരോഗം വന്നിട്ട് കെ കെ കെ എന്നാണ് കരയല്ല ചെയ്യുന്നത് ഭഗവാനെ സ്തുതിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഥയിൽ രസിക്കുകയാണ് അല്ലെ തന്റെ വാദരോഗം പോലും ഭഗവാന്റെ കഥ പറയുമ്പം മറന്നുപോവാണ് അതിലെങ്ങനെ രസിക്കുകയാണ് അപ്രകാരം ദുഃഖങ്ങളെ നമുക്ക് ഭഗവത് വിചാരത്തിലൂടെ മറക്കാൻ സാധിക്കണം ഈ കഥയും പറഞ്ഞപ്പോൾ സമർപ്പിച്ചു ഇനിയാണ് ഭഗവാനോട് ഗോപിയമാരുടെ ആ പ്രേമ പ്രേമം കൂടുതൽ അടുക്കുന്ന കഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോപികമാർക്ക് ഭഗവാനോട് അതീവമായൊരു തീവ്രമായൊരു കഠിനമായൊരു ആകർഷണം ആദ്യം അത് ഒരു ലാളനയിലും ഓമനത്വത്തിലും വാത്സല്യത്തിലുമായിരുന്നെങ്കിൽ ക്രമേണ വാത്സല്യം അവരുടെ ഉള്ളിൽ നിന്ന് കാമവികാരത്തിലേക്ക് ഉയർന്നു അവർക്ക് കൃഷ്ണന്റെ കണ്ണുകൾ കൃഷ്ണന്റെ ശരീരം കൃഷ്ണന്റെ മുടി കൃഷ്ണനെ ആലിംഗനം ചെയ്യണം എന്നൊക്കെയുള്ളൊരു മോഹം ശരീരത്തിനെ ശരീരത്തോട് ചേർക്കണം എന്നുള്ളൊരു തീവ്രമായ അഭിലാഷം കൃഷ്ണനെ സ്വന്തമാക്കണം എന്നൊക്കെയുള്ളൊരു അഭിലാഷം അവരുടെ ഉള്ളിൽ വന്നു അതിനു പറ്റിയ ഋതുവായിരുന്നു ആ മഴക്കാലം കഴിഞ്ഞിട്ട് ഒരു ഏ നമ്മള് ഹേമന്ത മാസം എന്ന് പറയുന്ന ഒരു എന്താണ് കല്യാണ സീസണൊക്കെ അപ്പോഴാണല്ലോ അണിമൂണും മറ്റേ മൂണുകളൊക്കെ ഉള്ളത് ആ ഒരു സീസണില് അവരുടെ ഗോപീയമാരുടെ ഉള്ളിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് അൻപത്തിയൊൻപതാമത്തെ ദശകം പറയുന്നത് തൊൽവപു നവകളായ കോമലം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരിജിന്മോദാത്മകം വീക്ഷ സമ്മോഹുരന്മഹം സ്ത്രീയ ഗോപസ്ത്രീകള് നവകളായ കോമളം പ്രേമദോഹനം അശേഷമോഹനം തൊൽവപു ോഹിപ്പിക്കുന്ന വളരെയധികം ആകർഷണമുള്ള അവരെ വല്ലാതെ അവരെ കാമവേദന ഉണ്ടാക്കുന്ന ആ രൂപത്തെ കണ്ട് അവര് വല്ലാതെ മോഹിച്ചു പോയി എന്നാണ് എന്നിട്ടോ മന്മദോന്മതിതമാനസാക്രമാൽ തൊൽവിലോകനരഥാ ഗോപികാസ്തവനസേ ഹരേ കാനനോപകരിമപ്യഹർമുഖേ ആ ഗോപികമാരുടെ മനസ്സ് മന്മതോന്മതിത വേദന അവർക്ക് മതനവേദന വന്നു കാമവേദന വന്നു ആ കാമവേദന വന്ന സമയത്ത് തത് വിലോകനരഥം ഭഗവാനെ കാണുക എപ്പോഴും കാണണം കാണണം കാണണം കണ്ണിന്റെ മുമ്പിൽ ഒരു കാമുകിക്ക് കാമുകനെ കാണാൻ തോന്നുന്നത് ഒരു കാമുകന് എപ്പോഴും ഒരു കാമുകിയുടെ ഫോട്ടോ കൊണ്ട് നടക്കില്ലേ ചില കാമുകന്മാര് എപ്പോഴും അത് തന്നെ നോക്കി നോക്കി നോക്കി അത്രയും ഒരു ആകർഷണം ഗോപികമാർക്ക് ആരോട് വന്നു കൃഷ്ണനോട് എന്ന് മാത്രമല്ല കാനനോപഗതി അവർക്ക് ഭഗവാൻ കാനനത്തിൽ പോകുന്നത് പോലും അപ്യഹർമുഖ സഹിക്കാൻ പറ്റിയില്ല അവര്യാണ് എങ്ങോട്ടും പോകരുത് എപ്പോഴും എവിടെ തന്നെ വേണം ആ ഗോപിയമാർക്ക് ചുറ്റും ഉണ്ടാവണമെന്ന് അവർ മോഹിച്ചു എന്നിട്ടോ നിർഗദേ ഭഗവതി ദത്ത ദൃഷ്ടയ മനസാമൃഗ വേണുനാഥമുപകർണ്യ ആ ഗോപസ്ത്രീകൾ ഭഗവാൻ കാട്ടിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് നിർഗതി ദത്ത ദൃഷ്ടയ കൃഷ്ണനെ തന്നെ ഉറ്റുനോക്കുന്ന നോട്ടം സാധാരണ ആളുടെ നോട്ടം പോലെയല്ല അവരുടെ നോട്ടം അവരുടെ കാമുകനായ കൃഷ്ണൻ അവരിൽ നിന്ന് അകന്നു സഹിക്കാൻ പറ്റാത്ത വേദനയുള്ളൊരു നോട്ടമായിരുന്നു ഗോപികമാരുടെ നോട്ടം എന്ന് സാധാരണ ഒരാൾ ഒരാൾ പോകുന്നത് നോക്കുമ്പോൾ സാധാരണ ദൃഷ്ടിയിൽ നോക്കും എന്നാലൊരു കാമുകൻ കാമുകി പോകുന്നത് നോക്കുമ്പോ എന്തായിരിക്കും അയാളുടെ മനസ്സിന് വിചാരം ദൂരയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കാമുകി പോകുന്നല്ലോ എന്നുള്ളൊരു വേദന ആ കാമുകന്റെ മനസ്സിലോ അല്ലെങ്കിൽ കാമുകിയുടെ മനസ്സിലോ ഉണ്ടാവും ഇതുപോലെ വേണുനാഥമുഭകർണ്യ ദൂരത ദൂരേതെന്ന് ഭഗവാന്റെ ആ വേണുനാഥം കേൾക്കുമ്പോ ഇവരെ മനസ്സെല്ലാം ഇളകി അവര് മുഖാമുഖം നിന്നുകൊണ്ട് ആ കൃഷ്ണന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ രവിക്കാൻ തുടങ്ങി കൃഷ്ണനെ ശാരീരികമായി അവർക്ക് ചേർന്ന് രമിക്കാൻ സാധിക്കാതെ വന്നപ്പോ അവര് വാക്കുകളെ കൊണ്ട് കൃഷ്ണന്റെ ഒരു രൂപം സങ്കൽപ്പിച്ച് മനസ്സിൽ സങ്കൽപ്പിച്ച് അതിൽ രമിക്കാൻ അവർക്ക് സാധിച്ചു എന്നിട്ടു കാനനാന്തമിതാദേ മനോരമേ വൈദ്യയാസ്തി പ്രത്യപൂര വേണുനാലികാം കാനനാന്തവാൻ ഭഗവാൻ കാനനത്തെ എത്തിയ ശേഷമോ ഈ ഗോപികമാരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് ഭഗവാൻ എന്തു ചെയ്തു ഒരു വൃക്ഷച്ചുവട്ടിൽ നിന്നുകൊണ്ട് വ്യക്തിയാ കരിത ഒരു കാല പിണച്ചുകൊണ്ട് മറ്റേകാല് ചേർത്ത് വെച്ചുകൊണ്ട് ഭഗവാന്റെ പോസ് ഉണ്ടല്ലോ കാലങ്ങനെ വളച്ചു വെച്ചിട്ടുള്ള അപ്രകാരം നിന്നുകൊണ്ട് പ്രത്യപൂരത വേണു നാളിക തന്റെ പുല്ലാങ്കുഴിലെടുത്തുകൊണ്ട് വളരെ മനോഹരമായി പുല്ലാങ്കുഴിൽ വിളിക്കാൻ തുടങ്ങി അത് കേൾക്കുമ്പോഴോ േരീകുലം നിർവികാരപശുപക്ഷിമണ്ഡലം രാവണം ചതുവൃഷാമവിപ്രഭോ താവകം വജനി വേണുപൂരിതം ഭഗവാന്റെ അതിമനോഹരമായ പുല്ലാങ്കുഴൽ നാദം അത് കേൾക്കുന്ന സമയത്ത് മാരബാണതുതം ഗോപികമാരുടെ ഹൃദയം മാരത്താൽ കാമവേദനയാൽ അവര് നിശ്ചലമായി പോയി വരുകയാണ് എന്ത് ജോലി ചെയ്യുന്ന സമയത്ത് അത് കേട്ടുവോ ആ ജോലി ചെയ്യാൻ പറ്റാതെ അവര് നിശ്ചലരായി നിന്നുപോയി എന്തിനേറെ നിർവികാര പശുപക്ഷി മണ്ഡലം പോട്ടെ അവിടെ ഉണ്ടായിരുന്ന പക്ഷികളും പശുക്കളും അവര് പോലും ഈ വേണുനാഥം കേട്ട് സ്തബ്ധരായി നിന്നുപോയി ഒരു സമാധിയിൽ പോലെ നിന്നുപോയി എന്ന് മാത്രമല്ല ദ്രാവണം തുഷതാമതി കല്ലുപോലും ആ വേണുനാദത്തിൽ അലിഞ്ഞു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അത്ര അലിയിപ്പിക്കുന്ന ആകർഷിപ്പിക്കുന്ന വേണുനാഥമായിരുന്നു ഭഗവാനോ വേണുരന്ത്ര തരളാങ്കുലീതളം ോക്ഷമപ്യഹോ സംവിചിന്യുങ്ക വേണുരന്തേളാങ്കുഴി തലം ഭഗവാൻ ഇങ്ങനെ വേഗത്തിൽ വേഗത്തിൽ ഓടക്കൊള്ളൽ വായിക്കുമ്പോൾ കൈകളിങ്ങനെ ചലിക്കുന്ന സമയത്ത് അതേപോലെ താളസഞ്ചിത പാദപല്ലവം അതിനനുസരിച്ച് ഭഗവാൻ നൃത്തവും കൂടെ ആടിയ സമയത്ത് തവസ്ഥിതം സംവിചിന്ത്യ ദൂരെ വൃതാവനത്തിൽ ഇരുന്നു ഇതെല്ലാം ഭാവന ചെയ്തുകൊണ്ട് തന്നെ ഗോപികമാര് അങ്ങേറ്റം മോഹിച്ചു പിന്നെ അവർ നേരിൽ കണ്ടാലുള്ള കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ ഈ ആകർഷണം വരുത്തുന്ന രണ്ടെണ്ണമാണ് സംഗീതവും അതുപോലെ നൃത്തവും അതുകൊണ്ടായിരിക്കാം പ്രേമം പറയുമ്പോഴൊക്കെ സിനിമയിൽ നോക്കും നിങ്ങൾ പ്രേമരംഗങ്ങൾ വരുമ്പോ ഒരു പാട്ടും ഉണ്ടാവും ഒരു ഡാൻസും ഉണ്ടാവും അത് ആദ്യം ഡിസ്കവർ ചെയ്ത ആളാണ് കൃഷ്ണൻ ഇപ്പൊ ഈ ഒരു ഇൻസ്പിരേഷൻ കൊടുത്ത ഒരാള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലേ പ്രേമത്തിന്റെ രണ്ട് ഭാവങ്ങളാണത് പാട്ടും പക്ഷെ ഭഗവാന്റെ പാട്ട് സാധാരണ രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ നോക്കുമ്പോ കാമുകൻ പാട്ട് പാടിയ കാമുകി ഡാൻസ് കളിക്കും അവര് മലയുടെ മുകളിലൊക്കെ പാട്ടുകളാണ് ഇവിടെ അതല്ല ഇവിടെ ഇവിടെ എല്ലാവരും തീർന്നുകൊണ്ട് ഭഗവാനിൽ ലയിക്കുന്ന പാട്ടുകളാണ് ഭഗവാൻ പാടിയത് ഒരുതരം സമാധിയിലേക്കാണ് ഭഗവാൻ അവരെ എത്തിച്ചത് ഇവിടെയാണ് എന്നിട്ടോംഗദർശിനി മൃഗാൻ പശോ നബി ൻ അങ്ങേ അങ്ങേയറ്റം നിർവിശങ്ക ഭവതംഗദർശിനി യാതൊരു ലജ്ജ കൂടാതെ സംശയമില്ലാതെ ഭഗവാനിൽ തന്നെ മനസ്സിൽമിപ്പിച്ച ആ കോപസ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ് കേദരി ഗഗമകാൻ പശൂൻ അപ്രകാരം അവരെല്ലാം തൽപ്രണയിനി കാനനം ഈ ഭഗവാനെ മനസ്സിലയിപ്പിക്കാൻ സാധിച്ച ഓരോ ജീവജാലങ്ങളും പട്ടതൊരിപ്പാട് പറയുന്നു ധന്യധന്യമിതി ഭാഗ്യം ചെയ്തവർ തന്നെയാണ് പരമഭാഗ്യം ചെയ്തവർ തന്നെയാണ് കാരണം നമ്മളൊക്കെ ആ ഭഗവാനിലേക്ക് മനസ്സിനെ എത്തിക്കാൻ എന്തെല്ലാം കഷ്ടപ്പെടുന്നു ഇവർക്ക് എളുപ്പം ഭഗവാനിലേക്ക് മനസ്സിനെ രമിപ്പിക്കാൻ സാധിച്ചു പറയുകയാണ് എന്നിട്ടോ ആവിതരാമൃതം കഥ വേണുഭോക്തര സചേഷണമേ കഥം വേണുഗുക്തരസമ ശേഷമതരാമതം കഥ കഥ ഏകതാ കഥാ അഭിപേയം വേണു മുരളി അനുഭവിച്ച ഭഗവാന്റെ ആ അമൃതരസം അതെപ്പോഴാണ് ഞങ്ങൾക്കനുഭവിക്കാൻ സാധിക്കുക ഇതൊക്കെ വെറുതെ നമ്മൾ ചിന്തിക്കുക ദുരാശയാണ് സാധ്യമല്ലാത്തതാണ് ഇപ്രകാരം അവരിങ്ങനെ ഭഗവാനിലേക്ക് ചേരണമെന്നുണ്ട് പക്ഷേ സാധിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ശങ്ക ആകുലകളായി തീർന്നു എന്ന് പറയാം എന്നിട്ടോ പ്രത്യേകം ചുനിത്തമംഗന ചിത്തയോ നിജനിദാനുഗ്രഹാ പ്രഭോ നിത്യമാരിക കൃത്യമോടാം ദിവസം കഴിയുന്തോറും ഗോപസ്ത്രീകൾക്ക് ഈ ഭഗവാനെ മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അമിതമായൊരു കാമ ആഗ്രഹം ഭഗവാനോട് കൂടിച്ചേരണം ഭഗവാനെ സ്വന്തമാക്കണം ഇതിങ്ങനെ വന്നു വന്നുവെന്ന് ബദ്ധരാഗവിവശ രാഗത്താൽ അങ്ങേറ്റം വിവശകളായപ്പോ നിത്യമാപുരുഹ കൃത്യമൂടാം ദിനകൃത്യങ്ങൾ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മറക്കാൻ തുടങ്ങി അത്രമാത്രം ഭഗവാനോടവർക്ക് പ്രേമം വന്നു എന്നാണ് എന്നിട്ട് പറയുന്നു രാഗസ്താവൽ മോക്ഷോപായോ പട്ടതിരിപ്പാട് ഗോപിയന്മാരെ കൈകൂപ്പിത്തൊഴുതുകൊണ്ട് പറയണോ രാഗസ്താവൽ സ്വഭാവ ഒരു പെണ്ണിന് ഒരാണിനോട് തോന്നുന്ന അട്രാക്ഷൻ അത് സ്വാഭാവികമാണ് സ്വഭാവമാണ് കാരണം പ്രകൃതി എങ്ങനെയാണ് കാമത്തിൽ നിന്നാണ് ജന്മമുണ്ടാകുന്നതെങ്കിൽ ഓരോ ജീവന്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് സെക്സിനോടൊരു ആകർഷണം പ്രകൃതിയ സംഭവിക്കുന്നതാണ് അത് സമയം വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് സ്വഭാവം കൊണ്ടുണ്ടാവുന്നതാണ് എന്നാൽ മോക്ഷോപായോ മോക്ഷം അങ്ങനെയല്ല യജ്ഞത തന്നെ ചെയ്യണം ഈശ്വരനോടുള്ള ആകർഷണം അത് സ്വാഭാവികമായി പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമ്മൾ നല്ലവണ്ണം പ്രയത്നം ചെയ്യണ്ട് ചെയ്താൽ പോലും സ്യാൽ നവാ കിട്ടാം കിട്ടാതിരിക്കാം രണ്ടും സംഭവിക്കാം ഒരു പെണ്ണിന് ആണിനോടോ ആണിന് പെണ്ണിനോടോ ഉള്ള ആകർഷണം സ്വാഭാവികമാണ് ഒരുപക്ഷെ അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് അത്തരത്തിലുള്ള കാമതൃഷ്ണകളൊക്കെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചു എന്ന് വരും പക്ഷേ മോക്ഷം അങ്ങനെയല്ല നമ്മൾ പ്രയത്നിച്ചാൽ പോലും കിട്ടാം കിട്ടാതിരിക്കാം എന്നാൽ ഗോപികമാരെ സംബന്ധിച്ച് തദ്വയം ലബ്ധമാസീൽ അവർക്ക് ബാഹ്യമായിട്ടുള്ള കാമപൂരണവും സാധിച്ചു ആന്തരികമായി മോക്ഷവും സാധിച്ചു അപ്രകാരം സാധിച്ച ഗോപികമാരെ ഭാഗ്യം ബാഗ്യം നിങ്ങളുടെ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കൈതൊഴുന്നു ഇപ്രകാരം ഇവിടെ ഈ ഭാഗം ഉപസമരിപ്പിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാമം എന്ന വികാരം എന്താണത് അതുപോലെ പ്രേമം എന്നുള്ള പറയുന്ന വികാരം എന്താണ് മനുഷ്യ മനസ്സിൽ കാമമെന്ന വികാരം സ്വാഭാവികമാണ് കാരണം മനസ്സിലെ കാമത്തിലൂടെയാണ് ഒരു ജന്മം ഇവിടെ വരുന്നത് അല്ലെ കാമെന്നൊരു വികാരമില്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയ ഏത് സൃഷ്ടിയിലും എന്തുണ്ടാവണം കാമം എന്ന വികാരം അത് പ്രബലമാണ് സമയം വരുമ്പോൾ അത് വരും കാമെന്ന് പറഞ്ഞാൽ കാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം പുറത്തുള്ള ഒരു വസ്തുവിനോട് വ്യക്തിയോട് ഉണ്ടാകുന്ന തീവ്രമായ ഒരു അഭിനിവേശം അഭിനിവേശം എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ കൂടുതലുള്ള ഒരു പുറമേയുള്ളൊരു വസ്തുവിനോട് വ്യക്തിയോട് ആ വസ്തുവിനോടും വ്യക്തിയോടും നമുക്ക് അഭിനിവേശം വരുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നുന്നത് അതിനോട് സംഘമുണ്ടായാൽ അതിനോട് ചേർന്നാൽ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കൊരു സുഖം കിട്ടും ഇന്ദ്രിയങ്ങൾക്ക് ഒരു വസ്തുവിൽ നിന്നും വ്യക്തിയിൽ നിന്നും കിട്ടുന്ന സുഖത്തെയാണ് കൂടുതലുള്ള ആകർഷണത്തിലൂടെ ൃഢമായമായ ആകർഷത്തിലൂടെ വ്യക്തിയിലൂടെയും വസ്തുവിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് കാമം ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണത് കാമത്തിന്റെ തീവ്രത വരുംതോറും ഇന്ദ്രിയങ്ങൾക്ക് ഊർജ്ജത്തെ പുറത്തേക്ക് സാധിക്കും ഇന്ദ്രിയം എപ്പോഴും ഊർജം ശക്തി പുറത്തേക്ക് ഏത് കാമത്തിലായാലും എനർജി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ കാമത്തിന് ഒരു തീവ്രതയുമുണ്ട് ഒരു നഷ്ടവുമുണ്ട് നമ്മളിപ്പോൾ ടി വി പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് അതിനോട് കൂടുതൽ കാമം വന്നു നിങ്ങൾ കൂടുതൽ നോക്കും തോറും നിങ്ങളുടെ കണ്ണിനൊരു കുറെ കഴിഞ്ഞാലൊരു എക്സോഷൻ വരണം ഒരു എനർജി ലൂസ് വരണം കുറച്ച് എനർജി നഷ്ടം വരണം ഏത് കാര്യത്തിലായാലും നമുക്ക് കാമത്തിൽ നേട്ടമല്ല ഉള്ളത് കാമത്തിലൊരു നഷ്ടമാണുള്ളത് അതതിന്റെ ഒരു പീക്കിലേക്ക് പോവും പിന്നെ ഒരു നഷ്ടത്തിലേക്ക് പോവും അപ്പൊ അതുകൊണ്ട് കാമത്തിനൊരിക്കലും പൂർണ്ണ തൃപ്തി ഇന്നേവരെ കാമത്തിലൂടെ ഒരിക്കലും പൂർണ്ണ തൃപ്തി ഇന്നേവരെ ഒരാൾക്കും സാധിച്ചില്ല കാരണം അതതിന്റെ പീക്കിലേക്ക് പോകും തോറും ഒരു നഷ്ടത്തിലേക്കാണ് വരുന്നത് ആ നഷ്ടം കുറ്റബോധങ്ങളുണ്ടാക്കും ഓ സമയം പോയി അല്ലെങ്കിൽ ഊർജ്ജം പോയി എന്നുള്ള നഷ്ടം ഇവിടെയാണ് മനുഷ്യന് കാമം ഉള്ള അതേ മനസ്സിൽ ഊർജം പോവാത്തൊരു ശക്തി പോവാത്തൊരു ആകർഷണം അത് മനുഷ്യ മനസ്സിലൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈശ്വരനോട് ഒരു ചെറിയൊരടുപ്പമുള്ളത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈശ്വരനോട് അടുപ്പം അതെന്താ ഏതാണ്ട് നമുക്ക് അറിയില്ല എന്ന് മാത്രം എവിടെയാണെന്നുള്ളത് എന്നാൽ ശാസ്ത്രങ്ങളിലൂടെ ഗുരുക്കന്മാരിലൂടെ ആ ഈശ്വരൻ തന്റെ ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മാവായിരിക്കുന്ന ഭഗവാനോട് കൂടുതൽ ആകർഷണം കൊണ്ടുവന്ന് ആ ആകർഷണത്തിന്റെ തീവ്രത വരുന്ന സമയത്ത് ഉയരുംതോറും നഷ്ടമല്ല വരുന്നത് ഉയരുംതോറും ലയമാണ് വരുന്നത് മനസ്സ് അതിലേക്ക് ലയിക്കുകയാണ് മനസ്സ് ലയിക്കും തോറും മനസ്സിന് നഷ്ടങ്ങളില്ലാത്തതുകൊണ്ട് ശരീരത്തിന് നഷ്ടങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ എന്നുമെന്നും പരമമായൊരു സുഖം കിട്ടുന്നു പ്രേമം നമ്മളെ പരമസുഖത്തിലേക്കും മം നമ്മളെ സുഖമില്ലാന്ന് പറയാൻ പറ്റില്ല കാമം ഒരു പീക്കിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഉടനെ തന്നെ ഒരു നഷ്ടം നമുക്ക് വരുത്തും അതുകൊണ്ട് മനുഷ്യ മനസ്സിൽ കാമവുമുണ്ട് അല്പം പ്രേമവുമുണ്ട് ഈ പ്രേമത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാന വൈരാഗ്യത്തിലൂടെ വർദ്ധിപ്പിച്ചുകൊണ്ടുവന്നാൽ ആ ആകർഷണം ദൃഢമാക്കി മനസ്സിനെ ക്രമേണ ക്രമേണ ആത്മാവായ ഭഗവാനിൽ ലയിപ്പിക്കാൻ സാധിച്ചാൽ അവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം ഭഗവാൻ എന്ന് പറയുന്ന ശക്തി അതൊരിക്കലും കുറയുന്നുമില്ല കൂടുന്നുമില്ല എന്നാൽ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു ഒരു ഏറ്റവുമുണ്ട് ഉയർച്ചയുമുണ്ട് ഒരു താഴ്ചയുമുണ്ട് ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ് വച്ചിരിക്കുന്നത് പ്രകൃതിയാൽ അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാവിനുണ്ടല്ലോ കുറേ നേരം മധുരം കഴിച്ചാൽ മടുപ്പ് വരും ഏത് ലൈംഗികമായാലും നാവിലൂടെയായാലും കണ്ണിലൂടെയായാലും കയ്യിലൂടെയായാലും ഇതെല്ലാം മനുഷ്യനവസാനം എക്സോഷൻ വരുത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് പ്രകൃതി സംബന്ധിച്ചിരിക്കുന്ന ഒരു പരിധിവരെ അനുഭവങ്ങളെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മനസ്സ് തന്റെ അന്തരാത്മാവിലേക്ക് ലയിക്കുകയാണെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല